വിഭൂതിയോഗം ഭഗവാൻ്റെ വിഭൂതിയെ വിസ്തരിച്ച് ഭഗവാൻ അവതരിപ്പിക്കുന്നു പ്രധാനമായിട്ടുള്ളത് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ വിഭൂതിയോഗം ആരംഭിച്ചത് ഓരോന്നിലും ഇന്നത് ഞാൻ ഇന്നത് ഞാൻ ഇന്നത് ഞാൻ എന്ന് പറയുമ്പം നമ്മൾ സാധാരണ രണ്ട് പക്ഷക്കാരും ലോകത്തിലുണ്ട് ഒന്ന് ആസ്തികരെന്നും ഒന്ന് നാസ്തികരണം ആസ്തി അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്ട് ആരുണ്ട് ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം നാസ്തികർ എന്ന് പറഞ്ഞാൽ ന അസ്ഥി ഇല്ല ആര് ഈശ്വരൻ എന്ന വിഭാഗം ഈ നാസ്തികൻ നാസ്തികന്റെ നിലപാട് ഞാൻ ലോകത്തെ സ്വീകരിക്കുന്നു അങ്ങയെ നിരാകരിക്കുന്നു ഇതാണ് നാസ്തികൻ്റെ നിലപാട് ലോകമുണ്ട് ലോകം സത്യമാണ് ഈ ലോകത്തെ അനുഭവങ്ങളും സത്യമാണ് അത് ശരിയാണ് ഞാൻ അതിനെ അംഗീകരിക്കുന്നു പക്ഷേ ഇതിൻ്റെ പിറകിലൊരാളുണ്ട് എന്ന് ഞാൻ ഞാൻ അങ്ങയെ അംഗീകരിക്കുന്നില്ല ഇതാണ് നാസ്തികൻ ആസ്തികൻ എന്താ പറയുന്നതെന്നറിയോ ഈ ലോകം ഇല്ലാത്തതാണ് ഈ ലോകം എനിക്ക് വേണ്ട എനിക്കങ്ങ് മതിയെന്ന സത്യം പറഞ്ഞാൽ രണ്ടുപേരും എവിടെയാണ് നിൽക്കുന്നത് ഒരേ സ്ഥലത്താണ് ഭഗവാന്റെ രീതി വ്യത്യസ്തമാണ് ഭഗവാൻ രണ്ടിൻ്റെയും വക്താവാണ് എന്ന് പറയാം അതായത് ലോകവും ഈശ്വരനും ഗീതയുടെ ഏറ്റവും വലിയ സൗന്ദര്യം അതാണ് ലോകത്തെയും ഒപ്പം എന്നെയും അറിയുക ഇതാണ് അതുകൊണ്ട് നിങ്ങൾ ഗീതാ നിങ്ങളെ ലോകത്തിനെതിരായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കാൻ പാടില്ല ഒരിക്കലും പക്ഷെ എന്തുകൊണ്ടോ ചില മുറി വേദാന്തികൾ ഈ ലോകം നിത്യയാണ് ലോകം അനിത്യം അസുഖം ലോകം എന്നുള്ളതിനെയൊക്കെ അവർ വ്യാഖ്യാനിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ സത്യം തോന്നുന്നു ഈ ലോകത്തിൽ ജനിച്ചതേ വലിയൊരു അപരാധമാണ് എന്നൊക്കെയാണ് എന്താണ് അതിൽ നിന്ന് നേടുന്ന എന്താ പറയുക കിട്ടുന്നത് നേടുന്നത് വേറെ വിഷയം അപ്പോൾ അവർ ഈ ലോകത്തെ കാണുന്നത് നിസാരമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് ഓരോരുത്തരുടെ അതല്ല ലോകമെന്ന് പറയാം ഇപ്പം ഭഗവാൻ ഇവിടെ ഞാൻ അങ് ഒരുവൻ പറയാണ് ഞാൻ അങ്ങേയെ സ്വീകരിക്കുന്നു അങ്ങയുടെ ലോകത്തെ ഞാൻ നിരാകരിക്കുന്നു ഞാൻ ലോകത്തെ സ്വീകരിക്കുന്നു അങ്ങയെ നിരാകരിക്കുന്നു രണ്ടുപേരും വിഭജനം സൃഷ്ടിക്കുന്നവരാണെന്ന് പറയാം വിഭജനത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ആ സദ്ഭാവത്തെയാണ് ഈ വിഭൂതി യോഗത്തിൻ്റെ ഉദ്ദേശം തന്നെ ഇന്നത് ഇന്നത് ഇന്നത് ഇന്നത് ഞാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നും പ്രത്യക്ഷ മാത്രയിൽ എന്താണ് ഇതും ഒരു വിഭജനമല്ലേ സ്വാമി ഇന്നതിൽ ഞാൻ ഇന്നതിൽ ഞാൻ ഇന്നതിൽ ഞാൻ എന്ന് പറയുന്നത് അത് നമുക്ക് മുൻപിലേക്ക് വന്നു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ വിഭജനം എവിടെയാണ് അവസാനിക്കുന്നത് അല്ലെങ്കിൽ ഈ വിഭജനത്തിൻ്റെ രീതി എന്താണ് ഇത് അതുകൊണ്ട് കൃഷ്ണൻ എന്ന് പറയുന്ന ഈ കൃഷ്ണൻ ഗീത പറയുന്ന സമയത്ത് ഈ കൃഷ്ണനിൽ ആവേശിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഭാവങ്ങളും അത്തരത്തിലാണ് അതുകൊണ്ടാണ് സം എന്താ പറയുക ഈ പൂർണാവതാരം എന്ന് പറഞ്ഞത് പൂർണാവതാരം എന്ന് വേറെ ആരെയും പറഞ്ഞിട്ടില്ല പൂർണാവതാരമാണ് അപ്പൊ ശ്രീരാമനെ സംബന്ധിച്ച് എപ്പോഴും എന്താ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് ഓർമ്മയില്ല അപ്പൊ ശ്രീരാമനായിട്ട് ഭഗവാന്റെതെല്ലാം ലീലകളാണ് കണ്ടിട്ടില്ല ലീല എന്നാണ് പറയുക ലീല എന്ന് പറയുമ്പോ എന്താണ് ലീല എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു നടനമാണ് നടനത്തില് നടിക്കുന്ന ആൾക്ക് നന്നായിട്ട് അറിയാം എന്തറിയാം ഇത് നടനമാണ് ഇതെന്റെ വേഷമാണ് അതിലെന്തില്ല അഹംഭാവം ഇല്ല എന്ന് പറയുക ഈ അഹംഭാവത്തിന്റെ കൊഴിഞ്ഞു വിഴലിലാണ് നടനം സാധ്യമാകുന്നത് രാമനെ സംബന്ധിച്ച് ഇപ്പൊ രാമന്റെ വേഷം ഒരാൾ കിട്ടുന്നു എന്നിരിക്കട്ടെ രാമായണത്തിൽ അപ്പം രാമനെന്താ രാമന് നഷ്ടപ്പെടുന്ന സീതാദേവി ഒരു നടനെ സംബന്ധിച്ച് രാമനേക്കാൾ നന്നായി അഭിനയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്തുകൊണ്ട് റിഹേഴ്സലിന് സൗകര്യം കിട്ടിയിട്ടുണ്ട് രാമനത് കിട്ടിയിട്ടില്ലല്ലോ ഉണ്ടോ രാമന് കിട്ടിയിട്ടുണ്ടോ സീതാദേവി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ ഓരോരുത്തരോടും ചോദിക്കേണ്ടതെന്ന് അപ്പൊ രാമനെ സംബന്ധിച്ച് അതുമായി താതാത്മ്യം പ്രാപിച്ച് രാമൻ വിലപിക്കുന്നതൊക്കെ നമുക്ക് രാമായണത്തിൽ കാണാം കൃഷ്ണനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒന്നുമായി താൻ താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് നോക്കി നോക്കൂ കൃഷ്ണന്റെ ചരിത്രം എടുത്തിട്ട് കഥയെടുത്തിട്ട് ഒന്നുമായിട്ട് താതാത്മ്യം പ്രാപിക്കാത്തവൻ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം എന്ന് പറയാം അതുകൊണ്ട് നമ്മൾ വിചാരിച്ചേക്കരുത് വിഭൂതി പറയുമ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ പോയിട്ട് പിടിച്ചേക്കരുത് അപ്പം ഇതിൽ നമ്മൾ പോയി വിഴരുത് ഏതില് അത് ഏതാണ് ഇതേതാണ് അതാണ് ഇതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ വിഭജനങ്ങൾക്കൊക്കെ അതീതമാണ് ആര് കൃഷ്ണൻ എന്ന് പറയുക ഒരു പ്രകാരത്തിലും വിഭജിക്കാൻ പറ്റാത്തവനാണ് എല്ലാ വിഭജനങ്ങൾക്കും അതീതമായി നിലകൊള്ളുന്ന ആ സദ്ഭാവമാണ് ഭഗവാനെന്ന് പറയുക ഇപ്പൊ ഭഗവാനെ സമ്പൂർണമായി അറിയാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ എന്താണ് വിഭജനം ചെയ്യാതിരിക്കുക അപ്പൊ ഈ യുദ്ധത്തിൽ പറഞ്ഞ യുദ്ധത്തിൻ്റെ നടുക്ക് കൊണ്ടുപോയിട്ട് ഇത് ഉപദേശിച്ചു കഴിഞ്ഞത് യുദ്ധം ചെയ്യാതിരിക്കാനാ ഗീതയുടെ എല്ലാ രീതി തന്നെ അങ്ങനെയാണ് മുള്ളിനെ മുള്ള കൊണ്ട് എടുക്കുക എന്ന് പറയില്ലേ ഇതുപോലെയാണ് വിഭജിച്ച് വിഭജിച്ച് വിഭജിച്ചിട്ട് ഈ വിഭജനം അവസാനിപ്പിക്കാൻ ഭഗവാൻ നമ്മളോട് പറയും എന്നെ വിഭജിച്ച് മനസ്സിലാക്കി എന്നെ വിഭജിച്ചു കഴിഞ്ഞാൽ എന്നെ എന്താണ് മനസ്സിലാവില്ല പക്ഷേ നമ്മുടെ ബുദ്ധി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ ബുദ്ധി കുറേ കാലമായിട്ട് അതായത് ചെറിയ ക്ലാസ് മുതൽ നാം ഈ പ്രപഞ്ചത്തെ പഠിച്ചത് പല അളവ് പല അളവ് പാല് നമ്മൾ ലിറ്റർ കണക്കിനാണ് ലിറ്റർ കൊണ്ടാണ് പാലിനെ നാം എന്താ പറയുക അളന്നെടുത്തത് ലിറ്റർ ലിറ്ററിലൂടെ അല്ലേ അതുപോലെ ഈ ദ്രവപദാർത്ഥങ്ങൾ ദ്രവമായിട്ടുള്ള പദാർത്ഥങ്ങളൊക്കെ തന്നെ നമ്മൾ ലിറ്ററിലൂപ ലിറ്ററിൽ നാം എന്ത് ചെയ്തു അതിനെ കച്ചവടം ചെയ്തു അല്ലെങ്കിൽ അതിനെ സ്വീകരിച്ചു അതിൻ്റെ വിനിമയം ലിറ്ററിലാണെന്ന് പറയാം തുണി പോലുള്ളതൊക്കെയോ മീറ്ററിലാണോ എന്ന് പറയാം ഇങ്ങനെ ലിറ്ററിലും മീറ്ററിലും സെൻറ്റിലും ഏക്കറിലും ഹെക്ടറിലും ഒക്കെയായി പിന്നെ ചതുരമായി ത്രികോണമായി ഏതെങ്കിലും ഒരു അളവുകോലുകൊണ്ടാണ് ഏതെങ്കിലും ഒരു അളവുകോലിനെ എന്താ സ്വീകരിച്ചുകൊണ്ടാണ് നാം ഈ വിശ്വത്തെ മുഴുവൻ വിലയിരുത്തിയത് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ എത്രയോ കാലമായിട്ട് രൂഢമൂലമായി കിടക്കുന്നതാണ് ഈ ഒരു സംസ്കാരം അപ്പം ഈ ഒരു സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നാം ഈ വിശ്വത്തെ വിശ്വത്തിൻ്റെ അധിപനെയും അളക്കാൻ ശ്രമിക്കുക അപ്പം ഇവിടെ പറയുന്ന ഈ എന്താ പറയുക മീറ്ററും മെട്രിക്കും ലിറ്ററും ഈ പറഞ്ഞതൊന്നും ഇവിടെ അത് എന്താ പറയുക അവിടെ എത്തില്ല എന്ന് പറയാം അതുകൊണ്ടാണ് ഇതിനെ അപരിമേയം എന്ന് പറഞ്ഞത് അപരിമേയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലിറ്ററിനോ മീറ്ററിനോ ഒന്നും വഴങ്ങാത്തത് എന്നാണ് പക്ഷേ എന്താ ചെയ്യുക നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെയാണ് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ഞങ്ങളിതാ ഇന്ന ഫ്ലാറ്റിലാണ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് അല്ലേ അത് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് വരും ഓ ആയിരത്തി അഞ്ഞൂറ് അപ്പോൾ വർക്ക് ഏരിയ എത്ര ഉണ്ടാവും ഉടനെ അതായത് ബെഡ്റൂം ഏതാ പത്തേ പത്താണോ അതോ എട്ട് എട്ടാണോ ആറ് ആറാണോ ഏഴേഴ് ആണോ അല്ലേ ഇങ്ങനെയാണ് വീട് എവിടെ എത്ര സെൻറ് ഉണ്ട് എത്ര സെൻറ്റ് എത്ര ഏക്കറ് ഇങ്ങനെയാണല്ലോ എല്ലാം അയാളെങ്ങനെ കാണാൻ അയാള് എങ്ങനെ ഉണ്ടാവും മൂർത്തടിച്ച് പിന്നെ നീളുണ്ടാവും അതില് അത്രയൊന്നുമില്ല ഒരു അഞ്ചടി ഒരഞ്ചരടി എല്ലാം ഇപ്പൊ ഭീഷ്മര് എന്നൊക്കെ പറയുമ്പോ മഹാഭാരതത്തിൽ നമ്മ നമ്മുടെ മുൻപിലൊരു ഒരിതുണ്ട് ഭീഷ്മരെ ഒരു ചെറിയൊരാളായിട്ട് ഭീഷ്മര് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഭീഷ്മരെ നമ്മൾ അളന്നു കഴിഞ്ഞു അളന്ന് തിട്ടപ്പെടുത്തി വെച്ചു കൃഷ്ണനെ അളന്ന് തിട്ടപ്പെടുത്തി വെച്ചു അല്ലെ അപ്പൊ ഈ അളവ് കോലുകളെല്ലാം മാറ്റിവെച്ചേക്കുക അളവുകോല് മാറ്റിക്കഴിഞ്ഞാൽ സ്വാമി പിന്നെ എങ്ങനെ അളക്കും പിന്നെയാണ് ശരിയായ അളവ് സംഭവിക്കുക എന്ന് പറയാം അളവില്ലാത്ത അളവിലേക്ക് നമ്മൾ വരിക ഇതാണ് എന്താ ഇതൊന്ന് ഓർമ്മയിരിക്കട്ടെ വിഭൂതിയോഗം മനനം ചെയ്യുന്ന സമയത്ത് ഞാൻ ആരാണ് ഞാൻ മൃഗേന്ദ്ര മൃ സിംഹം ഞാനാകുന്നു അപ്പം മുഴുവൻ മൃഗങ്ങൾക്കും കുറുക്കന് പോലും ഒരു മാതൃകയാണ് ആര് സിംഹം എന്ന് പറയുക കുറുക്കനൊക്കെ കാത്തിരിക്കും എന്ത് സിംഹത്തിൻ്റെത് ബാക്കി കിട്ടാൻ സിംഹം കൊടുക്കും എല്ലാവർക്കും ടിപ്പ് കൊടുക്കുന്നത് പോലെയാണ് കുറച്ച് എല്ലിൻ്റെ മുകളിലൊക്കെ ഇട്ട് വയ്ക്കുന്നത് ഈ കുറുക്കനെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ മൃഗേന്ദ്രനാണ് പത്രിണാം പത്രിണാം പക്ഷിണാം പക്ഷികളിൽ വൈനതേയഹാ ച അഹമസ്മി ഞാൻ ഗരുഡനാണ് എന്ന് പറയാം ും ഉയർന്നു പറക്കുന്നവൻ ഉന്നതിയിലാണ് താൻ വിരാജിക്കുന്നത് എന്ന് പറയാം മുഴുവൻ പക്ഷികൾക്കും മാതൃകയായിട്ടുള്ളവൻ പക്ഷി രാജൻ എന്ന് പറയാ തുടർന്ന് പവന പവതാ അസ്മീ രാമശ്രഭൃതാമം ഷഷാ സ്രോതസാം അസ്മി ജാ പവന പവതാം അസ്മി രാമ ശസ്ത്രഭൃതാം അഹം ഝഷാണാം മകര ച അസ്മി സ്രോതസാം അസ്മി ജാഹ്നവി അഹം ഞാൻ പവതാം പവതാം എന്ന് പറഞ്ഞാൽ ശുദ്ധി ചെയ്യുന്നതിൽ ശുദ്ധീകരണ പ്രക്രിയയിൽ പവന അഹമസ്മി ഞാൻ പവനനാകുന്നു വായു ഞാനാകുന്നു വായുവാണ് എല്ലാറ്റിനെയും ശുദ്ധമാക്കുന്നത് എന്ന് പറയാം നമ്മളൊരു എലി ചത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ അതിൻ്റെ ഗന്ധം നമ്മുടെ അടുത്ത് എത്തും എന്താണ് അത് ചെയ്യുന്നത് ശുദ്ധമാക്കുക ആ ഗന്ധം എത്ര കാലം നിൽക്കും ഒരു നാല് ദിവസം അഞ്ചു ദിവസം അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല വായുവാണ് എല്ലാറ്റിനെയും ശുദ്ധമാക്കുന്നത് അത് ഞാനാകുന്നു അഹം ശസ്ത്രഭൃതാം ശസ്ത്രം ധരിച്ചിട്ടുള്ളതിൽ അഹം രാമ ഞാൻ രാമനാണ് രാമൻ ഈ ശസ്ത്രത്തെ വെറുതെ എന്താ പറയുക വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഉപയോഗിക്കില്ല എന്ന് പറയാം രാമൻ ആകെ രാമനെക്കുറിച്ച് പറയുന്നത് ഒരിക്കൽ മാത്രമേ പറയുന്നുള്ളൂ അതൊരു തമാശയായിട്ട് പറയുന്നു അത് ശരിയായി രാമായണത്തിൽ ശരിക്കുള്ളതാണോന്നറിയില്ല രാമൻ അതായത് ഈ ഒരു ദിവസം വെള്ളം കുടിക്കുന്ന സമയത്ത് രാമൻ ഈ രാമൻ്റെ ഈ അമ്പും മില്ലുമുണ്ടല്ലോ അതൊരു മരത്തിൻ്റെ അവിടെ അങ്ങനെ വെച്ചു വെള്ളം കുടിക്കാനൊക്കെ പോയി മുഖമൊക്കെ കഴുകി വന്ന സമയത്ത് അതെടുത്ത് നോക്കുമ്പോൾ ഉണ്ട് അത്രേ അതിൻ്റെ ആ അതിൻ്റെ കുറച്ച് ചോര കണ്ടു അപ്പൊ രാമൻ വിചാരിച്ചു ഇതെങ്ങനെയാണ് സംഭവിച്ചത് നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു തവള ഇരിക്കണമെന്നാ അപ്പൊ തവളയോട് രാമൻ ചോദിച്ചു എന്നാ രാമൻ ഈ തവളയുടെ ഭാഷക്കറിയാം രാമൻ ചോദിച്ചു നീ എന്താ കരയാഞ്ഞത് അപ്പൊ അത് പറഞ്ഞു എപ്പോഴൊക്കെ ആപത്തുണ്ടാവുന്നു അപ്പോഴൊക്കെ ഞാൻ രാമ രാമ രാമാന്നാ വിളിക്കുക ഈ രാമൻ തന്നെ ഇത് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഞാൻ ആരെ വിളിക്കാനാണ് അതുകൊണ്ട് ഉള്ളതാണോന്നറിയില്ല പക്ഷെ ഭഗവാൻ പറയുന്നു ഈ ഇത് കൈകാര്യം ചെയ്യുന്നതിൽ വെറുതെ അങ്ങോട്ട് അതായത് രാമായണത്തിലാ എന്താ രാം രാമരാവണ യുദ്ധത്തില് രാവണനെ നമിക്കുന്നത് അസ്ത്രം കൊണ്ടാണ് അതുകൊണ്ട് അസ്ത്രം കൊണ്ട് നമിക്കാൻ പോലും ശേഷിയുള്ള ആ നിപുണനാണ് അരേ രാമൻ അതുകൊണ്ട് കേമനാണ് അതുകൊണ്ട് എപ്പോഴും അദ്ദേഹത്തിന് ഇത് വേണം ഇതില്ല എന്ന് ഉറങ്ങാൻ പറ്റില്ലാന്ന് പറയാം സീത ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇത് രണ്ടും വേണം ശസ്ത്രം ധരിച്ചിട്ടുള്ളവർ അദ്ദേഹത്തിന് അതിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധയുണ്ട് അതുകൊണ്ട് അതിനെ അതിൽ നിന്ന് എന്തും നിർമ്മിക്കാൻ സാധിക്കുന്നവനാണ് രാമൻ ഞാൻ രാമനാകുന്നു അഹം ജഷാണാം മത്സ്യങ്ങളിൽ മകരഹ അസ്മി ഞാൻ തിമിങ്കലമാകുന്നു സ്രോതസാം നദികളിൽ ജാഹ്നവീച്ച ജന് മഹർഷിയുടെ എന്താ ആ പേരിനെ ഓർമ്മിപ്പിക്കുന്ന ഗംഗ ഞാനാകുന്നു ഗംഗ സ്വാമിജിക്ക് ഏറ്റവും പ്രചോദനം കൊടുത്തിട്ടുള്ളതാണ് ഗംഗ തഭവന സ്വാമികൾ സ്വാമിജിയോട് പറഞ്ഞിട്ടുള്ളത് ഗംഗയുടെ തീരത്ത് പോയിരിക്കാനാണ് സ്വാമിജി കുറെ അതിൻ്റെ നോക്കൂ നിങ്ങൾ ഈ ഹരിദ്വാർ അല്ലെങ്കിൽ ഋഷികേശിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ആളുകളെ സംബന്ധിച്ച് ഗംഗയാണ് ഏറ്റവും എന്താ ഗംഗയാണ് ഗംഗാ മയ്യം അവർ വൈകുന്നേരം ഓഫീസൊക്കെ വിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ തീരത്ത് ചെറുപ്പക്കാരൊക്കെ കാണാം അതിൻ്റെ തീരത്ത് അങ്ങനെ ഇരിക്കും അത് അവർക്കൊരു അവരുടെ ഒരു നിത്യകർമ്മമാണത് അതിൻ്റെ തീരത്ത് അങ്ങനെ ഇരിക്കുക അത് ഗംഗ വല്ലാത്തൊരു ഒരു എന്താ നമ്മളെയൊക്കെ അങ്ങേയറ്റം പ്രചോദിപ്പിക്കുന്ന ഒന്നാണ് ഗംഗ ഗംഗയുടെ ആ ഭാവം പലയിടത്തും ഇപ്പം ഗംഗോത്രി ഗോമുഖൊന്നും അല്ല ഗംഗയുടെ ഉദ്ഭവം ഗംഗയുടെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കൈലാസമാണ് അത് നമുക്ക് കാണാനൊന്നും പറ്റാത്ത ഇടമാണ് ഗംഗയുടെ ഉദ്ഭവത്തിൽ അപ്പം ഗോമുഖ് വരെയൊക്കെ പോയിട്ട് പറയാം ആ അതാ ഇവിടെയാണ് ഗംഗയുടെ ഉദ്ഭവം അവിടെയല്ല അവിടുന്നും പിറകിലേക്കാണ് ഇപ്പം സരസ്വതിയുടെ ഉദ്ഭവം ഈ ബദ്രിനാഥെന്ന് കുറച്ച് സ്വർഗാരോഹിണി എന്നൊക്കെ പറയുന്ന കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കാണും പക്ഷേ അവിടെ നിന്നാണോ അല്ല അത് വീണ്ടും പിറകിലേക്കാണെന്ന് പറയുക അതുപോലെ അളകനന്ദ കേദാർ അളകനന്ദിയല്ല മന്ദാഗിനി ആ അളകനന്ദ ബദരി അത് വീണ്ടും ഉള്ളിലേക്ക് പോകണം ഇതെല്ലാം വീണ്ടും വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പൊ നമ്മൾ വിചാരിക്കരുത് എന്താണ് ഗോമുഖിലെത്തി കഴിഞ്ഞാൽ ഗംഗയിൽ ഗംഗയുടെ ഉദ്ഭവത്തിൽ എത്തിയിരുന്നു ഗംഗയുടെ ഉദ്ഭവം വീണ്ടും അപ്പൊ ഗംഗ ആരാകുന്നു ഞാനാകുന്നു ഗംഗയെ ആശ്രയിച്ചാൽ ഉപാ എന്താ ഗംഗയെ സമീപിച്ചു കഴിഞ്ഞാൽ ഗംഗ പറഞ്ഞു തരും എന്തൊക്കെയാ പറഞ്ഞു ഗംഗ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും ഏത് എങ്ങനെയാണ് ഇല്ലാണ്ടാക്കേണ്ടത് എന്ന് ഗംഗ പറഞ്ഞു തരും ഗംഗയോട് മല്ലടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാൾക്കും നേർക്കു നേരെ നിന്ന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഗംഗ വളരെ സോഫ്റ്റായി സൗമ്യമായി ഗംഗ അങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകി അവനെ ഇല്ലാണ്ടാക്കും അവനെ അവസാനം ഒരുത്ര പോകുന്ന ചെറിയ കല്ലൊക്കെ ആക്കി നമ്മളതിനെ എടുത്തു കൊണ്ടുവന്ന് ചട്ടിയിലിട്ടും അല്ലേ പക്ഷെ അവൻ്റെ പൂർവ്വരൂപം എങ്ങനെയായിരുന്നു ഗംഗയായിട്ട് ഇടികൂടുന്ന സമയത്ത് വലിയ രൂപത്തിലായിരുന്നു അത് ഗംഗയാക്കി മാറ്റും അതൊരു ഒരു രീതിയാണ് എതിരിടുന്നവരെ മുഴുവൻ താനാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ പിന്നെ കവിഞ്ഞ ഒഴുകലും കവച്ച ഒഴുകലും കൂടെ കൊണ്ടുപോവലും ഒക്കെ ഉണ്ട് നിങ്ങൾ ഈ ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാൽ ഈ മറ്റ് പല നദികളെ കാണുമ്പം ഗംഗക്ക് വേറിട്ടൊരു നിലനിൽപ്പുണ്ട് എന്ന് പറയാം അതിന്റെ ഭാവം എല്ലാറ്റിനിച്ചു കലക്കിയിട്ടാണ് കൊണ്ടുപോകണത് അപ്പൊ യമുന എന്നൊക്കെ പറഞ്ഞ നല്ല നല്ല സുന്ദരിയായിട്ട് അങ്ങനെ ഒഴുകുക യമുന അങ്ങനെ ഇങ്ങനെയുള്ള കേസൊന്നും അധികം അത് എടുക്കുന്നില്ല ഗംഗ അങ്ങനെയല്ല ഏത് കേസും ഈ ചില കുട്ടികളെ കൊണ്ടുപോവില്ലേ ഈ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകും അമ്മമാര് മൂക്കൊന്നൊലിക്കുന്നതും ട്രൗസർ ഇല്ലാത്തതും പകുതി ഊരി ഊരി ഇങ്ങനെ അമ്മ ഒരു മടിയും ഇല്ലാതെ പറയാം പക്ഷെ ചില അമ്മമാരങ്ങനെയല്ല കുട്ടിയൊന്നും മൂക്കല് കഴിട്ട അപ്പൊ അവരുടെ എന്തൊക്കെയോ എന്താ പറയാ ഓ ഞാനങ്ങോട്ട് ഐസായിപ്പോയി എന്താ ഇവ മൂകല് കഴിട്ട് ഇങ്ങനെ നോക്കിയതിന് ആ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ എന്തോ ആണ് അവൻ നോക്കിയപ്പോ എന്തോ ഒരു സാധനം ഇതെന്താ അമ്മയെന്ന് ചോദിച്ചു അത് അപ്പൊ അവരാണെങ്കിൽ കാര്യ കാര്യമായിട്ട് ആരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക പിന്നെ അവര് വീട്ടിൽ വന്നു പറയാ ഞാനങ്ങോട്ട് എന്റെ തൊലി മൊത്തം ഉരിഞ്ഞു അത് ഈ കുട്ടിയുടെ മുൻപിൽ വെച്ചിട്ടാ ഇവിടെ നോക്കട്ടെ എവിടെ അവൻ വീണ്ടും നിഷ്കളങ്കനായിട്ട് അത് ചോദിക്കും ഇവിടെ തൊലി ഉരിഞ്ഞത് അപ്പൊ ഗംഗക്ക് ആരെയും കൂടെ കൊണ്ടുപോവെന്ന് പറയാം ഗംഗയെ നമ്മളത് കാണും പക്ഷെ മറ്റതങ്ങനെയൊന്നുമല്ല അങ്ങനെ കഴിയുന്നത്ര തനതായിട്ട് നിന്നുകൊണ്ട് കുറെ കഴിഞ്ഞാൽ പിന്നെ രക്ഷയൊന്നുമില്ല എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഒരമ്മയുടെ മാതൃഭാവമൊക്കെ കാണാന്ന് പറയാ രൗദ്രഭാവവും എല്ലാം ഉണ്ട് ഗംഗയില് അത് ഓരോ സ്ഥലത്തും നമ്മളിങ്ങനെ കാണണം ചിലയിടത്തൊക്കെ കണ്ടാൽ പേടിയോ ചിലയിടത്ത് കണ്ടാ ചാടാൻ തോന്നും അപ്പൊ ഞാനാണ് ഒഴുകുന്നതിൽ ജാഹ്നവി ഞാനാകുന്നു ഗംഗ ഞാനാണ് സർഗാമാതിരന്തർജു സർഗാ ആദി അന്ധാ മദ്യം ചേ അഹ് അർജുന അധ്യാത്മവിദ്യാദ പ്രവദം ഹേ അർജുന സർഗാണാം സർഗാണാം എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ ആദിഹി ആദി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആരംഭം ഉത്പത്തി സൃഷ്ടി ഉത്പത്തി മദ്യം മദ്യം എന്ന് പറഞ്ഞാൽ സ്ഥിതി അതുപോലെ അന്ധ അവസാനം ആവിർഭാ ആവിർഭവിക്കൽ നിലനിൽക്കൽ അതിൻ്റെ തിരോധാനം എന്ന് പറയുക അഹം ഞാനാണ് വിദ്യാനാം അധ്യാത്മവിദ്യ വിദ്യകളിൽ ഞാൻ അധ്യാത്മവിദ്യയാണ് എന്താണ് അധ്യാത്മവിദ്യ എന്ന് പറഞ്ഞാൽ മോക്ഷവിദ്യ മോക്ഷവിദ്യ എന്ന് പറഞ്ഞാൽ അധ്യാത്മം വേത്തി അനയ ആത്മാവിനെ ബോധിപ്പിക്കുന്നത് ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന വിദ്യ ഏതോ അതിനെയാണ് അധ്യാത്മവിദ്യ അത് അത് ഞാനാകുന്നു പ്രവതതാം പ്രവതതാം എന്ന് പറഞ്ഞാൽ വാദിക്കുന്നവരിൽ പല വാദമുണ്ട് അതിൽ വാദ വാദം ഞാനാകുന്നു അഹമേവ ഞാനാണ് അതേതൊക്കെയാ വാദം സംവാദം ജൽപ്പം എന്താ വിദണ്ഡം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നുണ്ട് ഇത് സംവാദമാണ് ഗീത വാദം എന്ന് പറയുമ്പോൾ അത് ഞാനാകുന്നു എന്നാണ് തുല്യ ശക്തികൾ തമ്മിലുള്ളത് ഒരാൾക്ക് കുറഞ്ഞ അറിവ് ഒരാൾക്ക് കൂടിയ അറിവ് ഇവിടെ അർജുനന് കുറഞ്ഞ അറിവാണ് മറ്റത് ഭഗവാന് കൂടിയ അറിവ് കുറഞ്ഞ അറിവുള്ള ആൾ കൂടിയറിവുള്ള ആളെ സമീപിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നത് അധ്യായത്തിൻ്റെ അവസാനം പറഞ്ഞിട്ടുള്ളതാണ് എന്താ ശ്രീകൃഷ്ണാർജുന സംവാദേ എന്ന് പറയുന്ന സമയത്ത് ജലപ്പം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയുക പിന്നെ മറ്റൊരാളെ പറഞ്ഞ് മറ്റൊരാൾ അയാളെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ശരിയല്ല എന്ന് പറയുക അങ്ങനെ പറഞ്ഞ് എന്താ തോൽപ്പിക്കുക എന്തിനും എതിര് പറയുക ആരെന്ത് പറഞ്ഞാലും അത് ശരിയല്ല എന്ന് പറയുക ശരിയാണെങ്കിലും ശരിയല്ല ഇങ്ങനെ പലതുമുണ്ട് ഇതിൽ വാദം ഞാനാകുന്നു നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ ഈ സംവാദരൂപത്തിലാണ് ഗുരു ശിഷ്യ സംവാദം അല്ലെങ്കിൽ ഉമാമഹേശ്വര സംവാദം ശ്രീശുഖ പരീക്ഷിത്വ സംവാദം ഇത്യാദി സംവാദരൂപത്തിൽ അതിൽ വാദം ഞാനാകുന്നു ഈ അതിനുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ അത്തരത്തിൽ ആ വാദത്തിലൂടെ അറിയാനുള്ളൊരു ശ്രമം നടക്കുന്നത് അതാണല്ലോ അത് ഞാനാകുന്നു അപ്പം ഇത് ഞാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റവനോടൊരു എന്താ ഒരു സ്നേഹവും ബഹുമാനവും ധാരണയൊക്കെ ഉണ്ടാവണം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുവല്ലോ മണ്ഡരമിശ്രൻ്റെ അടുത്തേക്ക് പോകുന്ന ശങ്കരാചാര്യർ മണ്ഡരമിശ്രനെ തോൽപ്പിച്ചു കഴിഞ്ഞിട്ട് ഭാരതിയെ തോൽപ്പിക്കേണ്ടി വരുന്ന സമയത്ത് ഭാരതി ശങ്കരാചാര്യർക്ക് സമയം അനുവദിക്കുന്നത് അതിൻ്റെ മഹത്വമാണ് ഈ വാദത്തെ അറിഞ്ഞവരാണ് അവർ അല്ലാതെ ശരീരബലം കൊണ്ടല്ല എന്ന് പറയുക അതിനെ അവർ ബഹുമാനിച്ചിരുന്നു എന്തുകൊണ്ടെന്നാൽ വാദം ഭഗവാനാണ് എന്നറിഞ്ഞവരായിരുന്നു അവർ നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ ഈ സംവാദരൂപത്തിലാണ് ഗുരു ശിഷ്യ സംവാദം അല്ലെങ്കിൽ ഉമാമഹേശ്വര സംവാദം ശ്രീശുഖ പരീക്ഷിത്വ സംവാദം ഇത്യാദി സംവാദരൂപത്തിൽ അതിൽ വാദം ഞാനാകുന്നു ഈ അതിനുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ അത്തരത്തിൽ വാദത്തിലൂടെ അറിയാനുള്ള ഒരു ശ്രമം നടക്കുന്നത് അതാണല്ലോ അത് ഞാനാകുന്നു അപ്പം ഇത് ഞാനാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ മറ്റവനോടൊരു എന്താ ഒരു സ്നേഹവും ബഹുമാനവും ധാരണയും ഉണ്ടാവണം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുവല്ലോ മണ്ഡലമിശ്രൻ്റെ അടുത്തേക്ക് പോകുന്ന ശങ്കരാചാര്യൻ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 എന്തുകൊണ്ടെന്നാൽ ഇത് അതാണ് എന്നറിഞ്ഞതുകൊണ്ട് ഏത് ഈ പ്രക്രിയ വാദം എന്ന പ്രക്രിയ തന്നെ ഈശ്വര ഈശ്വരനാണ് എന്നറിഞ്ഞതുകൊണ്ട് അക്ഷരാണോസ്മി ദ്വന്ദ് സമാസികളാശ്വ അക്ഷരാണാം അകാര അസ്മി ദ്വന്ദ് സാമാസിക അഹമേവ അക്ഷയ കാല ദാതാഹം വിശ്വതോമുഖ അക്ഷരാണാം അക്ഷരങ്ങളിൽ അകാര അഹ എന്ന അക്ഷരം ഞാനാകുന്നു അതുകൊണ്ടാണ് കുട്ടികൾക്ക് അകാരം വെച്ച് പേരിടുന്നതെന്ന് പക്ഷേ സ്വാമി ഞങ്ങളതുകൊണ്ടല്ല അവൻ ഇൻ്റർവ്യൂവിൽ ആദ്യം പേര് വരണം എന്ന് പറഞ്ഞു ആ ഉദ്ദേശത്ത് ആദ്യം വിളിക്കുക അവനെയാണല്ലോ അപ്പൊ ടെസ്റ്റിലൊക്കെ മുൻപിൽ കയറി പോകാൻ ആ എന്ന് സഹായിക്കും അതുകൊണ്ട് മാത്രം എന്തായാലും ഭഗവാൻ ഇവിടെ പറയുന്നു അകാരം ഞാനാക്കുന്നു അതുകൊണ്ടാണ് അനാഥന്റെ നാഥൻ ഞാനാണ് എന്ന് പറയുന്നത് അയ്യോ ഞാൻ അനാഥനാണ് എന്ന് പറയുന്നവൻ്റെ നാഥൻ ഞാനായിരിക്കുന്നത് എന്തുകൊണ്ടാണ് അകാരം ഞാനായതുകൊണ്ട് അക്ഷരാണാം അകാരസ്മി സാമാസിക ദ്വന്ദ്വ സമാസ സമൂഹത്തിൽ അതായത് ഈ സംസ്കൃതത്തിൽ സമാസമുണ്ട് കൃഷ്ണ രാമ ഇങ്ങനെ പറയുന്ന രാമകൃഷ്ണവും അല്ലേ രാമശ്ച കൃഷ്ണശ്ച രാമകൃഷ്ണ അങ്ങനെ ദ്വന്ദ് സമാസം അപ്പം നോക്കൂ ഈ ഭഗവത്ഗീതയുടെ ഒരു സൗന്ദര്യം അതായത് ഒരു ഭാഷയിലെ ഒരു ഭാഷാശാസ്ത്രത്തിലെ ആ സമാസത്തിൽ ആരാണ് ഞാൻ അക്ഷരങ്ങളിൽ ആരാണ് ഞാൻ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് പറഞ്ഞത് ഈ ശാസ്ത്രം അറിയാതെ പോകുന്നത് വലിയ നഷ്ടമാണ് പക്ഷെ ആളുകൾ ഗീത എന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ചിരിക്കുന്നത് അത് അർജുനൻ എന്ന് പറഞ്ഞ ഒരു വിദ്വാന് യുദ്ധം ചെയ്യാൻ ഒരു സംശയം ഉണ്ടായി അപ്പൊ അവനോട് പറഞ്ഞു എടാ എടുക്കടാ അമ്പ് കൊടുക്കടാ മുത്തശ്ശനാണെന്നും നീ നോക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെയല്ല കാര്യം കാര്യത ഇത് യുദ്ധമായിട്ട് ബന്ധ ഈ സമാസങ്ങളിൽ ദ്വന്ദ്സമാസാണെന്ന് പറഞ്ഞാൽ ഇയാൾ ദ്വന്ദ്സമാസത്തിനനുസരിച്ച് യുദ്ധം ചെയ്യോ കാലഹ അഹം ച അഹം ഞാനാകുന്നു വിശ്വതോമുഖ സർവതോമുഖനായിട്ടുള്ള ദാധ ബ്രഹ്മാവ് അഹമേവ ഞാൻ തന്നെയാണ് ബ്രഹ്മാവ് എന്ന് പറയാ മൃത്യു സർവഹരച്ചാ ഉദ്ഭവച്ച ഭവിഷ്യത കീർത്തി ശ്രീർവാചാരീണ മൃത്യു സർവഹര ച അഹം ഉദ്ഭവ ച ഭവിഷ്യതാം കീർത്തി ശ്രീവാക്ചനാരീണം സ്മൃതി മേധ ദൃതിക്ഷമാ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് എന്താ പറയുന്നത് സർവഹര മൃത്യുഹ സർവഹര എല്ലാറ്റിനെയും ഹരിക്കുന്ന ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യുന്ന എന്തിനായിക്കൊണ്ട് പൊതുഭാവത്തിനായിക്കൊണ്ട് എന്ന് പറയാം അത് അതിലെ മൃത്യുഹു മൃത്യു മരണം എന്ന പ്രക്രിയ അഹം ഞാനാകുന്നു ഭവിഷ്യതാം ഉദ്ഭവച്ച മൃത്യുവിന് ശേഷം ആവിർഭവിക്കുന്ന ഉദ്ഭവിക്കുന്ന ആ ഉദ്ഭവവും അഹം ഞാനാണ് അതുപോലെ നാരീണാം നാരീണാം എന്ന് പറഞ്ഞ സ്ത്രീകളുടെ കീർത്തി അവരുടെ കീർത്തി ഞാനാണ് അപ്പം സ്ത്രീകൾ ഏതെങ്കിലും പ്രകാരത്തിൽ കീർത്തിമതികളായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ അപ്പോൾ ഒരു സ്ത്രീയെ കീർത്തിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും എന്ന് പറയുക കീർത്തി ഞാനാകുന്നു അപ്പോൾ കീർത്തി ഞാനാകുന്നു എന്ന് പറയുമ്പം ഗീതയുടെ മതം കീർത്തിക്കാൻ യോഗ്യരാണ് നിങ്ങൾ എന്നാണ് പക്ഷെ നിങ്ങളാ കീർത്തിക്കാന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ച് കുറച്ചൊരു വേഷമുള്ളതുപോലെയാ സ്വാമി കുടുംബകലഹ ഉണ്ടാക്കരുത് കേട്ടോ ഗീതയുടെ പേരിൽ അതെ ചിലർക്ക് ചിലരു അതായത് ഭാര്യയായാലും അതെ മ മക്കൾ കുട്ടികളൊക്കെ ആയിരിക്കുന്ന സമയത്ത് ചിലപ്പം പറയാറുണ്ട് എന്നാ ഇല്ലാതെ വെറുതെ ഓരോന്ന് പറയുകയും ചെയ്യോ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് അല്ലെ ആരോ നമ്മളോട് സൂചിപ്പിക്കുകയും അതായത് ഒരു നല്ല ഒരു നിർദ്ദേശമായിട്ട് നമുക്ക് തോന്നി ഈ അടുത്ത് അതായത് ഇപ്പം ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയെ ഒരു സദസ്സിൽ പരിചയപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി ശ്രദ്ധിക്കണം പരിചയപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഉണ്ടാവും ഉണ്ടാവും ചിലപ്പോൾ ആ ഒരു വേദിയിൽ മുൻനിരയിലിരിക്കുന്നുണ്ടാവും ഇപ്പം ക്ലബ്ബ് ക്ലബ്ബുകളിലൊക്കെയാണ് ഇത് സർവസാധാരണ ആയിട്ട് കാണാറ് ക്ലബ് അത് ഇതുപോലുള്ള ചടങ്ങുകളിലും പറയും ഇദ്ദേഹത്തിൻ്റെ ഉയർച്ചയിൽ ഇദ്ദേഹത്തിൻ്റെ എല്ലാ ഉയർച്ചയിലും തൊട്ടു പിറകിൽ പിറകിലായി സഹധർമ്മിണി ഉണ്ട് അദ്ദേഹത്തിന് അത് നമുക്ക് മറക്കാൻ പാടില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ഒപ്പമെന്ന് പറയുന്നില്ല എന്താ പിറകിൽ നിൽക്കുന്നത് എന്താ കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത് ഈ പിറകിൽ എന്ന് പറയുമ്പോ ഇവർക്ക് അത്ര ഇഷ്ടമല്ല അത് ഞാൻ പറകലൊന്നുമല്ല ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാവാറ് ഞാനാണ് മുൻപിൽ ഇങ്ങോര പിറകിൽ ഭഗവാൻ പറയുന്നത് കൂടെയാണ് എന്ന് പറയാം അർദ്ധനാരീശ്വര സങ്കല്പത്തിലും പിറകിലും മുൻപിലും അല്ല പകുതി പകുതി നേർക്ക് അതുകൊണ്ട് കൂടെ എന്ന് പറയാം നിങ്ങൾക്ക് ഇങ്ങനെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒപ്പം എന്ന് പറയണം അവരോടൊപ്പം സഹ ധർമ്മിണി എന്നാണ് സഹ എന്ന് പറഞ്ഞാൽ പിറകിൽ എന്നല്ല സഹ എന്ന് പറഞ്ഞാൽ കൂടെ ഒരുമിച്ച് എന്നാണ് അവരോടൊപ്പം അവർ അദ്ദേഹത്തിന്റെ എല്ലാ വിജയങ്ങൾക്ക് പിറകിൽ എന്നല്ല അദ്ദേഹത്തിന്റെ എല്ലാ വിജയങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു ഇവർ എന്ന് പറയാം പിറകിലല്ല എന്ന് പറയാം ആ ഭാഷയുടെ അല്ല സ്വാമി ഞങ്ങള് അർത്ഥമാക്കുന്നത് അതാണ് പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ഭാഷ ഉണ്ടല്ലോ അല്ലേ ഒപ്പം എന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ എന്തിനാ പിറകിൽ എന്ന് പറയുന്നത് ഭഗവാൻ ഇവിടെ പറയുന്നു നാരീണാം കീർത്തിഹി അത് അഹം ഞാനാണ് മാത്രമല്ല ഭഗവാൻ ഒന്നുകൂടെ പറയുന്നുണ്ട് ശ്രീ സൗന്ദര്യം അപ്പൊ സ്ത്രീ സുന്ദരി എന്താ അവളുടെ സൗന്ദര്യം ഞാനാകുന്നു അതുകൊണ്ടാ കൃഷ്ണനിൽ കുറച്ച് സ്ത്രൈണഭാവവും കൂടെ ഉണ്ട് എന്ന് പറയും അതുകൊണ്ടാ കൃഷ്ണൻ എല്ലാവരെയും വശീകരിക്കുന്നത് കർഷണേ ഇതി കൃഷ്ണ എല്ലാ എല്ലാവരെയും ആകർഷിക്കുന്നവൻ അപ്പൊ സ്ത്രീയിലെ സൗന്ദര്യം ആരാണ് അത് ഞാനാണ് ഒപ്പം ഭഗവാൻ വലിയൊരു റിസ്ക് എടുത്തിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് വാക്ക് അവളുടെ വാക്കും ഞാനാണ് വലിയൊരു ഉത്തരവാദിത്താണ് ഇതുവരെങ്ങനെ കേട്ടപ്പോ നല്ല സുഖമായിരുന്നു വാക്ക് അവൾ എന്ത് പറയുന്നുവോ അത് ഞാനാകുന്നു അവളുടെ വാക്ക് ഞാനാണ് ഇപ്പൊ നമ്മുടെ വാക്കിന് അല്ലെങ്കിലും പുരുഷന്റെ വാക്കിനേക്കാൾ ശക്തിയുണ്ട് സ്ത്രീയുടെ വാക്ക് എന്നാണ് പ്രകൃതിയിൽ പറയുന്നത് ബ്രഹ്മനും തടുക്കില്ല വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്നാ പക്ഷെ പലയിടത്തും വേണ്ടത്ര അതിന് ശക്തിയൊന്നും ഇപ്പൊ നമ്മുടെ സ്വാമി പറയുന്നത് സമൂഹത്തിന്റെ ഒരു ഒരു നിലയിൽ വെച്ചുകൊണ്ടൊക്കെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷമം ഉണ്ടാവും ഈ അടുത്ത കാലത്ത് സുഗതകുമാരി അമ്മയെ ഇന്റർവ്യൂ ചെയ്യുന്നത് കാണുകയുണ്ടായി അമ്മയുടെ അമ്മയുടെ അടുത്ത് അമ്മ പറയാ ഒരു അനുഭവം പറയുക ഒരു സ്ത്രീ വന്നിട്ട് നിയമത്തിന്റെ വഴിയിൽ ഞാൻ പോണോ അതോ ഞാൻ മരിക്കണോ തോന്നി മരിക്കണോ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് എന്താ അവർ പറയുന്നുണ്ട് ഇത് കോടതി അലക്ഷ്യാവൂ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവരുടെ അനുഭവവും മറ്റും വെളിച്ചിട്ട് അനുഭവത്തിൻ്റെയും മറ്റും വെളിച്ചത്തിൽ ഞാൻ അവരോട് പറഞ്ഞു എന്നാ എന്താ പറയുക ആ വരണമാല്യം ചാർത്തിക്കോളാൻ കാരണം എനിക്ക് അതേ പറയാൻ പറ്റൂ അങ്ങനെ ഒരു ചുറ്റുപാടിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയാം അതാണ് അങ്ങനെ ഒരു വ്യവസ്ഥിതി സമൂഹത്തില് സ്ത്രീയുടെ വാക്കിന് ഒരു വിലയും ഇല്ലാത്ത ഒരു ചുറ്റുപാട് ഇന്ന് ഈ കേരളത്തിൽ നിന്നല്ല പലയിടത്തും ഉണ്ട് കേരളത്തിലും ഉണ്ട് ചിലയിടത്തൊന്നും ഒരു അതിന് ഒരല്പം പോലും പ്രാധാന്യം കല്പിക്കുന്നില്ല അപ്പൊ ഭഗവാൻ ഇത്തരത്തിൽ പറഞ്ഞു പറഞ്ഞുവെങ്കില് അതിനെത്ര ശ്രദ്ധയോടു കൂടി കേൾക്കണം സ്ത്രീകൾക്ക് അധികം കളവൊന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാ നാല് പ്രാവശ്യം തിരിച്ചു മറച്ചുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കളവൊക്കെ പുറത്തേക്ക് വരും നാല് പ്രാവശ്യം ചോദിച്ചാൽ മതി നാല് വിധത്തിൽ എല്ലാം പറയും എത്ര പഠിച്ച കള്ളിയാണെങ്കിലും അതുകൊണ്ട് അവരുടെ ആ സത്യസന്ധമായിട്ടുള്ള ആ ഒരു ഇത് രണ്ട് പേടിപ്പിക്കൽ പേടിച്ചാൽ പേടിപ്പിച്ചാൽ മതി അതുകൊണ്ടല്ലേ പലപ്പോഴും ഈ വലിയ വീട്ടിൽ വലിയ ബഹളവും കാര്യങ്ങളും ഒരു ഓട്ടോറിക്ഷ കയറി സ്വാമി കുറച്ച് അനുഭവങ്ങൾ പറയാം ഒരു ഓട്ടോറിക്ഷ കയറി ഓട്ടോറിക്ഷക്കാരനോട് ഇന്നടുത്ത് നിർത്തണം എന്ന് പറഞ്ഞു ടൗൺ ഹാളിന്റെ അടുത്ത് നിർത്തണം പറഞ്ഞു അപ്പൊ അവിടുന്ന് പോലീസ് നീക്കോളാം അവിടെ കുറച്ചാളുണ്ട് ഇയാൾക്ക് തോന്നിയത് കച്ചേരി ഇവിടെ കൊണ്ടുപോയി നിർത്താനാ വേറെ എവിടെയെങ്കിലും എന്നിട്ട് പറയാം എവിടെയൊക്കെ നിർത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ലേ ഇറങ്ങി ഇങ്ങോട്ട് പോരും ബാക്കി കാശ് കൊടുത്തിട്ടില്ലേം പോലും ചോദിക്കില്ല പേടിയാണ് ചോദിക്കാൻ വീട്ടില് ബഹളം അത് വേറെ തൊട്ടതിനും പിടിച്ചതിനും ഇവിടെ ഗീതയുടെ താല്പര്യം അല്ലെങ്കിൽ വ്യാസഭഗവാൻ ഇത്തരത്തിലുള്ള ശ്ലോകങ്ങൾ ചമയ്ക്കുന്ന സമയത്ത് സമൂഹത്തിൻ്റെ ഒരു സുസ്ഥിതി അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് സ്ത്രീയുടെ വാക്ക് ഞാനാകുന്നു എന്ന് പറയുന്ന സമയത്ത് അവളുടെ വാക്കില് ഭഗവാനെ കാണാൻ ഒരുവന് സാധിക്കുന്നുവെങ്കില് അതില് വലിയ കാര്യങ്ങളുണ്ട് അപ്പൊ ഈ ഇത് ഇതൊരു ഉപായമായി സ്വീകരിച്ചിട്ട് നമുക്ക് എന്തും പറയാം എന്നല്ല എന്നാ ശരി ഗീതയെ കേട്ടുവല്ലോ അല്ലേ പിന്നെ നമ്മള് പലപ്പോഴും അതായത് നമ്മുടെ മനസ്സ് പറയാം ഇപ്പൊ ബോംബെയിൽ നിന്ന് മകൻ അമ്മയ്ക്ക് സാരി അയച്ചു കൊടുത്തു ഉം രൂപയുടെ സാരിയാണ് അവൻ നല്ല സാരി നോക്കിയിട്ട് അമ്മയ്ക്കൊരു അവന് ശമ്പളം കിട്ടിയ സമയത്ത് വലിയ സ്നേഹമാണ് അമ്മയോട് ആയിരം രൂപയുടെ സാരി ആ ഒരു അഞ്ചെണ്ണം മേടിച്ച് അയച്ചു കൊടുത്തു അപ്പോൾ അവൻ എന്ത് ചെയ്തു ഈ അമ്മയുടെ സ്വഭാവം അവന് നന്നായിട്ട് അറിയാം അമ്മയ്ക്ക് ഈ വില കൂടിയതൊന്നും ശരിയാവില്ല അപ്പോൾ ഒക്കെ അമ്മയ്ക്ക് വില കുറഞ്ഞതേ പറ്റുള്ളൂ അപ്പോൾ ഈ വില കൂടിയ സാരി അയച്ചു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും നീ എന്തിനാ ഇത്ര വില കൂടിയതൊക്കെ മേടിച്ചത് അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് അവനായിരം എന്നുള്ള സ്റ്റിക്കറിനവിടെയൊക്കെ അഞ്ഞൂറ് എഴുതി ഒട്ടിച്ചു അല്ലേ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് അയച്ചു കൊടുത്തു ഇത് കിട്ടിയ വിവരത്തിന് അമ്മയുടെ ഒരു കത്ത് ബോംബയ്ക്ക് മോനെ നീ ആ അയച്ചു തന്ന സാരി എല്ലാം വളരെ നല്ല സാരിയാണ് ഞാനത് ഇവിടെ അറുന്നൂറ് രൂപയ്ക്ക് അഞ്ചും വിറ്റു നീ ഒരു പത്തെണ്ണം കൂടെ ഇങ്ങോട്ട് അയച്ച ഇങ്ങനെ ഉണ്ട് ഇത്രയൊക്കെയുള്ളൂ ബുദ്ധി എന്ന് പറയും കച്ചവടത്തിൽ സംഭവിക്കുക ഇത്രയേ ഉള്ളൂ പിന്നെ കച്ചവടം ചെയ്ത് വിജയിക്കുന്നത് വല്ല അച്ചാറുണ്ടാക്കിയിട്ടോ അരിമാവ് ഉണ്ടാക്കിയിട്ടോ ഉണ്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം സ്ത്രീകളുടെ സൗന്ദര്യവും സ്ത്രീകളുടെ കീർത്തിയും അതായത് ശോഭയും അവരുടെ വാക്കും സ്മൃതി ഓർമ്മ ഓർമ്മയും ധൃതി ഓർമ്മ ഞാനാകുന്നു സ്മൃതി ഞാനാണെന്നാണ് ധൃതി എന്ന് പറഞ്ഞാൽ ധൈര്യം ധീരത ധൈര്യം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളോട് സ്വാമി പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല ധീരൻ എന്ന് പറഞ്ഞാൽ ഈ എടുത്ത ചാട്ടക്കാരനല്ല ധീരൻ എടുത്ത ചാട്ടം എന്ന് പറഞ്ഞാലിപ്പോ വല്ലവരും പ്രേരിപ്പിക്കുന്നത് ഉണ്ടല്ലോ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിച്ചവനാണ് ധീരൻ എന്ന് നമ്മൾ രണ്ടാം അധ്യായത്തിൽ കണ്ടിട്ടുണ്ട് നിങ്ങളൊരു തമാശ കേട്ടിട്ടുണ്ടോന്നറിയില്ല ഒരാളൊരിക്കലോ രാമായണം വായിക്കുക കർക്കിടക മാസത്തിൽ വലിയ ധനികനാണ് അപ്പൊ രാമായണം വായിക്കും വായിച്ച് വായിച്ച് അദ്ദേഹം എന്താ ഈ സീതാസ്വയംവരത്തിൻ്റെ ഭാഗവത്തി അപ്പൊ അവിടെ താനൊരു ജനകനായി അങ്ങോട്ട് ആവേശിക്കപ്പെട്ടു തനിക്കൊരു പുത്രിയുണ്ട് സീത സീതയെ പോലെ ധനമുണ്ട് ആവശ്യത്തിലധികം ഇനിയിപ്പം വരുന്ന മരുമകന് ധനമൊന്നും വേണമെന്നില്ല പക്ഷെ രാമായണം വായിച്ചു കഴിഞ്ഞപ്പോ ഒരു രാമനെ പോലെ ഒരു അമാനുഷൻ ഒരു ധീരൻ ധൈര്യ ധൈര്യവാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരാളെ എന്റെ മരുമകനായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു യോഗ്യതയാ അതുകൊണ്ട് അവനെ എന്തെങ്കിലും ബിസിനസ്സോ അതൊന്നും വേണ്ട അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നിയതാ രാമായ സ്വാധീനിച്ചതാ പല വിധത്തില് സ്വാധീനിക്കുള്ളൂ ആളുകളെ ഇദ്ദേഹം ആലോചിച്ചു എങ്ങനെയാ ഇപ്പൊ ധീരനെങ്ങനെയാ കിട്ടുക അപ്പൊ തൻ്റെ അടുത്ത് വലിയ പാശ്പഥാസ്ത്രമൊന്നുമില്ല വില്ല് എന്താ പറയാ അല്ലെങ്കിൽ ഈ ഒടിക്കാൻ പാകത്തിനുള്ള വില്ല് ഒന്നും ഏതായാലും കാലത്തിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പരീക്ഷണം ആവാം എന്ന് കരുതി പിന്നെ തൻ്റെ കയ്യിലുള്ളത് തൻ്റെ ഉടമസ്ഥതയിലുള്ളത് വലിയൊരു സ്വിമ്മിംഗ് പൂളാണെന്ന് പറയാ അപ്പൊ ആ സ്വിമ്മിങ് ഇദ്ദേഹം കുറെ ഈ ക്ഷുദ്ര ജീവികളെയൊക്കെ അത് ഈ എന്താ നീർക്കോലി മുതൽ ഈ ചീങ്കണ്ണി ഇത്യാദി കുറെ സാധനങ്ങളെയൊക്കെ ഞണ്ട് ഈ ഞണ്ട് അങ്ങനെയുള്ള നിറയെ സാധനങ്ങളെയൊക്കെ അതിലിട്ട് എന്നിട്ട് അതിൽ ചാടിയിട്ട് നീന്തി അക്കരെ പോകുന്നവന് മകളെ വിവാഹം കേട്ടവരുമുണ്ടാതി ചിന്താ മതി പത്രത്തിൽ പരസ്യം കൊടുത്തു ധീരനെ വേണം മരുമകനായിട്ട് ധീരന്മാരേക്കാൾ ധീരന്മാരെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കൂട്ടം ആ വലിയ ഈ സ്വിമ്മിംഗ് പൂളിനു ചുറ്റും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ഒരു ധീരൻ ഒരൊറ്റ ഡൈവ് ഇതിൻ്റെ അകത്തേക്ക് വീണതും ആള് തൊട്ടു തൊട്ടില്ല ഈ കല്ലൊക്കെ കുട്ടികളിങ്ങനെ എറിയില്ലേ ചക് ചക് ചക് ചെന്ന് പറഞ്ഞു പോകുന്നത് പോലെ അതുപോലെ ആളങ്ങനെ നീന്തി കയറിയുന്ന ഒരു മുതലയുടെയും ഒരു ചീങ്കണ്ണിയുടെയും ഒരു കോങ്കണ്ണി കോങ്കണ്ണി അല്ല ഒരു ചീങ്കണ്ണിയുടെയും കടിയൊന്നും ഏൽക്കാതെ വിജയശ്രീ ലാളിതനായിട്ട് ആള് പുറത്തു വന്നു ആളുകളൊക്കെ തുക തുകളിലിട്ടിട്ട് നിർത്തഞ്ചവിട്ടി എന്ന് പറയാം മിടുക്കൻ ധീരൻ കേമൻ എന്നൊക്കെ പറഞ്ഞു അവൻ അതിന്നൊക്കെ ഇറങ്ങി ഇങ്ങനെ നോക്കുകയാണ് ആൾക്കൂട്ടത്തിൽ ഏ ഇവിടെയല്ല നീ വിവാഹം ചെയ്യാനിരിക്കുന്ന കന്യക ഇവിടെയല്ല എന്ന് പറയാം മുകളിലാണ് അങ്ങോട്ടേക്ക് പോവാം പിന്നെ മാറും മാറുമെന്ന് പറഞ്ഞാൽ അവനെ അവിടെ നോക്കുക നീ എന്താ ഇവിടെ നോക്കുന്നു എന്നെ ആരാ തള്ളിയിട്ടത് അത് നോക്കുക അവനെയാ അതിനെ ഞാൻ അന്വേഷിക്കുന്നത് എന്ന് പറയാം അതുപോലെ ആരെങ്കിലും തള്ളിവിടുന്നതല്ല ധീര ആരെങ്കിലും തള്ളിവിട്ടു കഴിഞ്ഞാൽ പിറകിലേക്ക് തന്നെ ഒരു വലിവുണ്ടാവും എന്ന് പറയാം സ്മൃതി ധൃതി ഓർമ്മയും അതുപോലെ ധൈര്യവും അതുപോലെ ക്ഷമാ ഇതൊക്കെ സ്ത്രീയുടേതായിട്ട് തന്നെയാണ് പറയുന്നത് ക്ഷമ ക്ഷമിക്കാനുള്ള അവരുടെ ആ കഴിവ് എല്ലാം ക്ഷമിക്കും എന്ന് എന്തൊക്കെ കുതന്ത്രങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അവരതിനെയൊക്കെ ക്ഷമിക്കും നമ്മൾ എന്തൊക്കെ കളവ് പറയുന്നു വിശ്വസിക്കുകയും ചെയ്യും അത് ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ഇത് നമ്മുടെ ഒരു ഒരു കാഴ്ച നമ്മള് ഇതുപോലെ ഒരു മദ്രാസ് മദ്രാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് രണ്ട് രണ്ട് വർഷം എന്തോ ആയിട്ടേ ഉള്ളൂ രണ്ടോ മൂന്നോ വർഷം മദ്രാസ് ജയിലിൽ ജയിൽ വാടനെ ആ റൂമിലിട്ടിട്ട് ഫയലുകളൊക്കെ കൂടെ തീ കൊടുത്ത വലിയൊരു സംഭവം ഉണ്ടായിരുന്നു വലിയൊരു ഇതായിരുന്നു അത് അപ്പം ജയിലിനകത്ത് കത്തുന്നു ജയിലിൽ പുക പോകുന്നു എന്തൊക്കെയോ വെടിവെപ്പ് അത് ഇത് ബഹളങ്ങൾ നടക്കുന്നു ജയിലിനകത്ത് ഇതിങ്ങനെ ടി വിയിൽ ആ സമയത്ത് ഈ ജയിലിൻ്റെ മുൻപിൽ ആ എന്താ പറയുക മെയിൻ ഗേറ്റിൻ്റെ അവിടെ വാവിട്ട് കരയുന്ന അമ്മമാർ ഏതെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ടാണോ അല്ല അവിടെ കുട്ടികൾ അവരുടെ മക്കൾ ഉണ്ട് എന്നറിഞ്ഞിട്ട് അവർ വന്നിട്ട് നിലവിളിച്ച് നെഞ്ഞത്തടിച്ച് കരയുന്ന എന്തു പറ്റി മകന് ടി വി അത് ആ ദൃശ്യം വളരെ നന്നായിട്ട് ഇങ്ങനെ കാണിച്ചു മുഴുവൻ അമ്മമാർ ഒരറ്റ അച്ഛനും ഇല്ല എന്ന് പറയാം അച്ഛന്മാർ മോശം പറയുകയല്ല ഒരച്ഛനും ധൈര്യപ്പെടില്ല ആ അച്ഛൻ്റെ അഹങ്കാരം അല്ലെങ്കിൽ അഭിമാനം അനുവദിക്കില്ല ജയിൽ പരിസരത്തേക്ക് പോവാൻ എൻ്റെ മകൻ ഇതിനകത്തുണ്ട് എന്ന് പറയാൻ പക്ഷേ ആ അമ്മ ഓടി ചെന്നിട്ട് വാവിട്ട് കര എന്താ നെഞ്ചത്തടിച്ച് കരയാണ് എന്താ സംഭവിക്കുന്നത് എന്താ സംഭവിക്കണെന്ന് അതൊരു വലിയൊരു ദൃശ്യമായിരുന്നു നമ്മൾ ആ സമയത്ത് ഇത് ഓർക്കുവായിരുന്നു ആ ഒരു എൻ്റെ മകനാണല്ലോ ഇതിനകത്തിരിക്കും അവൻ എന്തോ കുറ്റ അമ്മയുടെ എന്താ പറയുക നികണ്ടുവിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറയാം കുപുത്രോ ജായേതാ കുമാത കൊചിതബി ന ഭവേദ് കുപുത്രോ ജായേത കുപുത്രൻ ദുഷ്ടനായ ദുർ നടപ്പുകാരനായ പുത്രൻ ജനിക്കാം കുമാതാ കൊചിതബി നവേത് ആ മാതൃത്വത്തിൽ ഒരു കളങ്കം ഉം സംഭാവ്യമല്ല എന്നാണ് പൂർവന്മാർ എഴുതി വച്ചിരിക്കുന്നത് കുമാതാ കൊചിതബി നവവേത് സ്വാമി എൻ്റെ അമ്മ കേൾക്കാൻ എന്താ ചിലപ്പോ തോന്നുന്നു നമുക്ക് അതൊക്കെ നമ്മുടെ അഹങ്കാരം കൊണ്ട് ഉണ്ടാക്കി വെക്കുന്ന ഓരോന്നൊക്കെയാ കുമാതാ കൊചിതബി ന ഭവേത അതിൽ സംശയം വേണ്ട പൂർവന്മാര് പറഞ്ഞു വെച്ചിട്ടുള്ളതാ അതാരാണ് അതൊക്കെ ഞാനാണെന്ന് പറയാം ആ ക്ഷമിക്കാനുള്ള എല്ലാം ക്ഷമിക്കാനുള്ള സഹനശക്തി അഹം ഞാനാകും കുപുത്രോ ജായേത കുമാതാ കൊചിതബി ന ഭവേത് കുപുത്രോ ജായേത കുപുത്രൻ ദുഷ്ടനായ ദുർ പുത്രൻ ജനിക്കാം കുമാതാ കൊചിതബി നവേദ് ആ മാതൃത്വത്തിൽ ഒരു കളങ്കം ഉം സംഭാവ്യമല്ല എന്നാണ് പൂർവന്മാർ എഴുതി വച്ചിരിക്കുന്നത് കുമാതാ കൊചിതബി നഭവേത് സ്വാമി എന്റെ അമ്മ കേൾക്കണം എന്താ ചിലപ്പോ തോന്നും നമുക്ക് അതൊക്കെ നമ്മുടെ അഹങ്കാരം കൊണ്ട് ഉണ്ടാക്കി വെക്കുന്ന ഓരോന്നൊക്കെയാണ് കുമാതാ കൊചിതബി നഭവേത് അതിൽ സംശയം വേണ്ട പൂർവന്മാര് പറഞ്ഞു വച്ചിട്ടുള്ളതാണ് അതാരെയാണ് അതൊക്കെ ഞാനാണെന്ന് പറയാം ആ ക്ഷമിക്കാനുള്ള എല്ലാം ക്ഷമിക്കാനുള്ള സഹനശക്തി അഹം ഞാനാകുന്നു നോക്കണം ഭഗവാൻ എത്ര ഭഗവത്ഗീത അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രങ്ങൾ സ്ത്രീകളോട് മോശമായിട്ടാണോ അല്ലെങ്കിൽ ഏ അവരെ ഒന്നിനും കൊള്ളാത്തവരെന്നാണോ പറഞ്ഞത് ഇതൊക്കെയാണ് ഭഗവാൻ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം നമ്മൾ എന്താണ് എന്നാലും ഞാൻ ഇങ്ങനെയൊന്നും അല്ല എന്നെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ പറയണത് ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇതാ നമ്മളെക്കുറിച്ച് പറയണത് ഭഗവാൻ ഇതാ പറയുന്നത് നിങ്ങളുടെ സൗന്ദര്യം ഞാനാണ് നിങ്ങളുടെ വാക്ക് ഞാനാണ് നിങ്ങളുടെ ഓർമ്മ ഞാനാണ് നിങ്ങളുടെ ധൈര്യം ഞാനാണ് നിങ്ങളുടെ ക്ഷമ ഞാനാകുന്നു എല്ലാം ഞാനാകുന്നു എന്ന് അതുകൊണ്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വിരാജിക്കണമെങ്കിൽ ക്ഷമ കുറെ നന്നായിട്ട് വരട്ടെ അതല്ലേ മഹാഭാരതത്തിലൊക്കെ ഇത് കാണിച്ചു വന്നിട്ടില്ലേ ഈ അഞ്ചു കുട്ടികളെയും പാണ്ഡവന്മാരുടെ അഞ്ചു മക്കളെയും ഈ അശ്വത്ഥാമാവ് രാത്രി കഴുത്ത് അറുത്ത് കൊന്നിട്ട് കൊന്ന സമയത്ത് അർജുനൻ ഒരു ശപഥം ചെയ്യുന്നുണ്ട് ഇല്ലേ അതുപോലെ ഭീമസേനും ശപഥം ചെയ്യുന്നുണ്ട് അവസാനം അവനെ പിടിച്ചുകെട്ടി അശ്വത്ഥാമാവിനെ പിടിച്ചുകെട്ടി തേർത്തട്ടിൽ പിടിച്ചു വരിഞ്ഞുകെട്ടി കൊണ്ടുവന്ന് ദ്രൗപതിയുടെ മുൻപിൽ ഹാജരാക്കുന്ന സമയത്ത് ദ്രൗപതി പറയുന്നത് ആ മാതൃത്വമാണ് കഴിച്ചു വിടാൻ പറയുന്നുണ്ട് അല്ലേ എന്നിട്ട് ആ മാതൃത്വത്തിൻ്റെ മഹനീയമായ ഭാവങ്ങളെ അവിടെ അർജുനൻ്റെ മുൻപിൽ അവതരിപ്പിക്കുക നീ എന്ത് വെഡിത്തരായി ചെയ്തതെന്ന് ചോദിക്കുന്നത് മാത്രമല്ല ഗുരുപുത്രനാണ് അഞ്ച് പുത്രന്മാരുടെ വേദന ഞാൻ ഇന്ന് അനുഭവിക്കുന്നു ആ വേദന എനിക്കറിയാം ഇനി ഇവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ അമ്മയ്ക്കുണ്ടാകുന്ന വേദന എത്ര എത്രയായിരിക്കും അതുകൊണ്ട് വിടാൻ പറയുന്നുണ്ട് അർജുനൻ ആണി അനങ്ങിയ ശപഥം ചെയ്യുന്ന ആളാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ശപഥം ശരിയാക്കാൻ വേണ്ടി ഭഗവാൻ വലിയ കഷ്ടപ്പാടാണ് പിന്നെ അതൊക്കെ പരിഹരിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം അത് സ്വാമി ആ സന്ദർഭത്തെ സൂചിപ്പിക്കുക അത് ഞാനാകുന്നു അപ്പം അത് ഞങ്ങൾ അത് ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളതാ എന്ത് ഈ ക്ഷമയും ഈ ധൈര്യവും പുരുഷന്മാരെക്കാൾ ധൈര്യം ഉണ്ട് എന്നാ സ്ത്രീകൾക്ക് ഗവേഷണം ഈ ധൈര്യം എന്ന് പറഞ്ഞാൽ വെറുതെ ആളുകളോട് ബഹളം വയ്ക്കുന്നതല്ല ധൈര്യം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ധീരത എന്ന് പറഞ്ഞാല് വെറുതെ ആളുകളുമായിട്ട് അടി ഉണ്ടാക്കുന്നത് രാത്രി ഇറങ്ങി നടക്കുന്നത് മടിക്കുത്ത് കുത്തി സിഗരറ്റ് വലിക്കുന്നത് ഇതൊന്നുമല്ല ധീരത ധീരതയുടെ ധീരത എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഉപനിഷത്ത് പറയുന്നത് തന്നെ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കൽ ഇപ്പം ഒരു വീട്ടിൽ ഒരു ഭക്ഷണം പാകം ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തൻ്റേത് എടുത്തു കൊടുക്കുന്ന യാതൊരു മടിയും ഇല്ലാതെ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് ഒരു പരാതിയും പറയാതെ കിടന്നുറങ്ങുന്ന ഒരു മനോഭാവം അത് ധീരതയാണ് അതാ ധീരത അതിനെ ഉപനിഷത്തും അതുപോലെ ആചാര്യമാരും ധീരത എന്ന് പറഞ്ഞിട്ടുള്ള അല്ലാതെ വേറെ ഈ കാണുന്ന മസിലൊന്നല്ല ധീരത എന്ന് പറയും അത് അത് ഞാനാകുന്നു ആ ക്ഷമ ആ സഹനം ആ എന്താ ധരിക്കാനുള്ള കഴിവ് ഇത്യാദികളൊക്കെ തുടർന്നു ഗായത്രി മാർഗീർഷം ൃഹത് സാമതാ ഗായത്രി ഛന്ദസാ അഹം മാസാ മാർഗശീർഷ അഹം ഋതൂനാം കുസുമാകര സാംനം എന്ന് പറഞ്ഞാൽ സാമവേദത്തിൽ വേദങ്ങളിൽ ഞാൻ സാമവേദമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് വേദങ്ങളിൽ ഞാൻ മവേദമാണ് എന്ന് പറഞ്ഞത് ഗാനപ്രിയമാണത് അതെന്ന് പറഞ്ഞ അനുഭൂതി തല അനുഭൂതിയെ അനുഭൂതിയാക്കാൻ പോകുന്ന തരത്തിലാണ് അതിൻ്റെ ഛന്തസുകളും മറ്റും ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ മന്ത്രങ്ങൾ അങ്ങനെയാണ് അനുഭൂതിദായകങ്ങളാണ് അതുകൊണ്ട് ഞാൻ അനുഭൂതിയാണ് അനുഭവമാണ് അതുകൊണ്ട് ഞാനത് എന്താ എല്ലാ വേദങ്ങളുടെയും താത്പര്യം സാമവേദം ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാമവേദം എന്ന് പറഞ്ഞത് ആ സാമവേദത്തിൽ സാംനാം സാമ വേദഗാനങ്ങളിൽ ബൃഹത്സാമ ബൃഹത് സാമ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സാമമായിട്ടുള്ള ഛന്തസാം ഛന്ദസുകളിൽ മന്ത്രങ്ങളിൽ അഹം ഗായത്രി ഞാൻ ഗായത്രിയാകുന്നു ഗായന്തം ത്രായതേ ഇതി ഗായത്രി ഗാനത്തിലൂടെ ത്രാണനം ചെയ്യിക്കുന്നത് കൊണ്ടുപോകുന്നത് ഗായത്രി ഗായത്രി മന്ത്രം വളരെ വളരെ വളരെ പ്രസിദ്ധമായ അല്ലെങ്കിൽ മൂ ഈ വേദങ്ങളിലെല്ലാം നാല് വേദത്തിലും ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രത്തെ കാണാം ഗായത്രി മന്ത്രം രാവണൻ രാവണൻ പോലും ഗായത്രി മന്ത്രത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഗായത്രി മന്ത്ര വ്യാഖ്യാതാക്കളായിട്ട് പഴയ ഋഷീശ്വരന്മാർ എല്ലാവരും ഗായത്രി മന്ത്രത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എല്ലാവർക്കും പ്രചോദനമേകിയിട്ടുള്ളതാണ് ഗായത്രി മന്ത്രം നിങ്ങൾക്ക് ഏവർക്കും അറിയും എന്ന് സ്വാമി കരുതുന്നു ഇല്ലെങ്കിൽ കേട്ടുകൊള്ളുക ഓം ഭൂർ ഭുവ സ്വ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ദിയോയോന്ന പ്രചോദയാ ഇതാണ് ഗായത്രി മന്ത്രം എന്തൊക്കെയാണ് ഈ ഗായത്രി മന്ത്രത്തിലെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഭൂ ഭുവണ്യം ഭർഗോ ദേവസ്വ ധി മഹി ധിയോ പ്രചോദയാ എന്താണത് ഭൂ ഭൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂ സത്തായ എന്തൊക്കെ ഭവിച്ചിട്ടുണ്ടോ അത് ഭൂ ആദ്യം തന്നെ ഭൂ എന്നതാണ് ഉപനിഷത്തില് ഈ എന്താ തൈത്തരീയ ആരണ്യകത്തില് ഭൃഗുവല്ലിയിലൊക്കെ ഈ എന്താ ഉപനിഷത്തിൽ ഇതിൻ്റെ ഓരോരോ ശബ്ദത്തെ എടുത്ത് ഓരോ എന്താ എന്താണ് എന്താണ് എന്താണ് ഇത് എന്ന് പറയുന്നുണ്ട് ഭൂരിതി വൈ പ്രാണഹ ഭൂഹു ഇതി വൈ പ്രാണഹ ഭൂ എന്ന് പറഞ്ഞാൽ പ്രാണനാകുന്നു എന്ന് പറയുന്നു ഭൂരിതി വൈ പ്രാണഹ അപ്പം ഭൂ എന്നത് ഈശ്വരൻ അല്ലെങ്കിൽ ഭവിച്ചത് ഭൂ ആദ്യം തന്നെ ഓം ഭൂ എന്നുള്ളതാണ് ഭൂരിതി പ്രാണഹ ഭൂരതി അഗ്നിഹി എന്നൊക്കെ പറയുന്നുണ്ട് ഭൂ അടുത്തത് എഴുതാൻ താല്പര്യമുള്ളവരെഴുതിക്കൊള്ളു ഭൂ അടുത്തത് ഭുവ ഭുവ പറഞ്ഞാൽ ഭാവന ഭാവനം ചെയ്യുന്നത് ഭാവന എന്ന് പറഞ്ഞ സ്ഥാപനം സ്ഥാപനം എന്ന് പറഞ്ഞ നിലനിർത്തൽ ധരിക്കൽ നിലനിർത്തൽ അതാണ് ഭുവ പിന്നെ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നത് ഭുവ ഓം ഭൂർ ഭൂ ഭുവുണ്ടാവും നിസർഗമുണ്ട് ഭുവ ഭുവ ഇത്യപാന എന്നുപനിഷത്തിൽ അപാനനാണ് ഭുവ അപാനൻ എന്ന് പറഞ്ഞാൽ വിസർജനാതി പ്രക്രിയ ചെയ്യുന്ന അപാനൻ പതിനഞ്ചാം അധ്യായത്തിൽ ഇവിടെ പറയും ഇവിടെ അപാനൻ എന്നത് എന്താ പറയുക അപനയിക്കുന്നത് ദൂരീകരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ദൂരീകരിക്കുന്നത് അപ്പം ഭുവ ഓം ഭൂ ഭുവ സ്വ സ്വ സ്വ എന്നുള്ളതോ സുഷ്ടു അവധി എന്ന് പറഞ്ഞാൽ നല്ല പോലെ പരിപൂർണതയെ പ്രാപിക്കുന്നത് സുഷ്ടും എന്ന് നല്ല വണ്ണം തത് തത് എന്ന് പറഞ്ഞാൽ അതിനെ തത്പത്തെ സൂയതേ സവിത സവിതാവൈ പ്രസവാ പ്രസവാനാമീശൈ എന്നാണ് സവിതു അതുപോലെ വരേണ്യം വരേണ്യം എന്ന് പറഞ്ഞാല് വരിക്കാൻ യോഗ്യമായത് പ്രാർത്ഥിക്കാൻ യോഗ്യമായത് വരേണ്യം തത് സവിതു വരേണ്യം മന്ത്രത്തെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് മുറിച്ച് പറയണം എന്തൊക്കെയാണ് വരേണ്യം വരേണ്യം സർവതേജോഭ്യശ്രേഷ്ഠം വൈ പരമം പദം പരമപദത്തിലേക്ക് പരമപദപ്രാപ്തിക്കായിട്ട് ഏതൊന്നാണോ വരേണ്യമായിട്ടുള്ളത് അത് വരേണ്യം തത് സവിതു വരേണ്യം ർഗോ ഭർഗോ എന്നുള്ളത് ഭർഗ ഭർഗ എന്ന് പറഞ്ഞാല് എന്താണ് ഭജിക്കുന്നവരുടെ പാപത്തെ ഇല്ലാതെയാക്കുന്നത് എന്നാണ് ഭർഗ തേജസ് എന്നാണ് ഭർഗോ എന്നുള്ളത് ഭർഗഹ വീര്യം വൈ ഭർഗ ഇത് ഉപനിഷത്തിൽ പറയുന്നു ഭർഗഹോ ദേവസ്യ ദേവസ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവസ്യ അല്ല കേട്ടോ ദേവസ്യ എന്ന് പറഞ്ഞാൽ ദേവന്റെ ഷഷ്ടി രാമസ്യ രാമന്റെ കൃഷ്ണസ്യ കൃഷ്ണന്റെ സിയ വരുമ്പോ ഷഷ്ടി ഏകവചനം ദേവസ്യ ദിവ് ധാതുവിന് അപ്പ് പ്രത്യേകം ചേരുന്നതാണ് ദേവസ്യ എന്നുള്ളത് എന്താ ഈ ചരാചര വിശ്വത്തെ പ്രകാശിപ്പിക്കുന്നത് ദേവസ്യ പ്രകാശസ്വരൂപൻ വിശ്വത്തിൻ്റെ മുഴുവൻ പ്രകാശസ്വരൂപനായിരിക്കുന്നവൻ പിന്നെയോ ധീ മഹി ധീ മഹി മഹി എന്ന് പറഞ്ഞാൽ മഹ്യം ഞങ്ങൾ മഹി ധീ ഞങ്ങൾ ധ്യാനിക്കുന്നു ധ്യാനേന ഹേയാ ധ്യാനത്തിലൂടെ അങ്ങെ എന്താണ് ധ്യാനം എന്ന് പറയുന്നത് പറയുന്നു ധ്യാനം വളരെ എന്താ പറയുക ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യമാണ് ധ്യാനം എന്നതിന് ആചാര്യസ്വാമികൾ ഭാഷ എന്താ ഇത് പറയുന്നുണ്ട് ഇവിടെ ഗായത്രി ഭാഷയത്തിൽ എന്താണ് ധ്യാനം നാമ സർവശരീരേഷു ചൈതന്യ ചൈതന്യ ഏകതാനയാ ഏകതാനത ധ്യാനം നാമ സർവശരീരേഷു ധ്യാനം നാമം എന്ന് ധ്യാനം എന്നത് സർവശരീരങ്ങളുടെയും എല്ലാ ശരീരവും ചൈതന്യ മാത്രമാ ചൈതന്യം മാത്രമാണ് എന്ന മനഃസ്ഥിതിയെ ആണ് ധ്യാനം എന്ന് പറയുന്നത് അതിനെ നിർവചിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ത് മനോഹരമായിട്ടല്ലേ സർവ ശരീരങ്ങളും ചൈതന്യമാത്രയാൽ നിലകൊള്ളുന്നു എന്ന അവസ്ഥയെ പ്രാപിക്കുന്നത് ധ്യാനം അതാണ് ധീമാഹി ഞങ്ങൾ ധ്യാനിക്കുന്നു ദിയ ദിയ എന്ന് പറഞ്ഞ ബുദ്ധയോ വൈ ദിയ ബുദ്ധിയെ തന്നെയാണ് ദിയ എന്ന് പറയുന്നത് ബുദ്ധി ധിയ എന്തുകൊണ്ടാണ് ധർമാദികളെ ബുദ്ധിക്ക് വിഷയമാക്കി കൊടുക്കുന്നതുകൊണ്ട് അതിനെ ധിയ എന്ന് പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് ബുദ്ധിയെ ധീ എന്ന് പറഞ്ഞു അതാണ് ബുദ്ധിയും ധിയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്താ അതായത് ധർമ്മ ധർമ്മബോധം ബുദ്ധിയിൽ വന്നു കഴിഞ്ഞാൽ ആ ബുദ്ധിക്ക് വേറൊരു പേരാണ് ധീ എന്ന് അപ്പൊ എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ത് മനോഹരമായിട്ടാണ് ആചാര്യന്മാര് ഈ ശബ്ദത്തിനെയൊക്കെ പ്രത്യേകം പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ബുദ്ധി എന്നത് എല്ലാവർക്കും ഉണ്ട് ധീ ഉണ്ടോ ധീ എന്നുള്ളത് ഈ ധർമ്മബോധം ബുദ്ധിയിൽ പ്രകടമാകണം ആ സമയത്ത് എന്തുണ്ടാവും ധീ വരുന്നു അപ്പൊ ധിയ ധീ യെന്ന് പറഞ്ഞാൽ യാതൊരു ഇവിടെ ബർഗഹ എന്നാണ് യാ യാതൊന്ന് യഹ എന്ന് പറഞ്ഞാൽ യാതൊരുവൻ യാതൊരുവൻ എന്ന് പറയുമ്പോ ഇവിടെ ബർഗഹ എന്നാണ് യാതൊരു പ്രത്യേകാത്മാവാണോ യാതൊന്നിനെയാണോ ഞങ്ങൾ സവിതാവായിട്ടുള്ള യാതൊരു ദേവനെയാണോ ഞങ്ങൾ ധ്യാനിക്കുന്നത് അതാണ് യഹ നഹ നഹ എന്ന് പറയാം ഞങ്ങൾ ബഹുവചനാണ് ഞാൻ ഒറ്റയ്ക്കല്ല ഈ വിശ്വത്തിലെ എല്ലാം എൻ്റെ പ്രാർത്ഥനയിലൂടെ എൻ്റെ ധ്യാനത്തിലൂടെ എല്ലാവർക്കും അതിൻ്റെ അനുഭവം കിട്ടണം എന്നാണ് ഒറ്റയ്ക്കുള്ള അനുഭവം നമ്മുടെ ഇവിടെ ഇല്ല എന്ന് പറയാം പ്രചോദയാത് അപ്പൊ നിങ്ങൾ പ്രചോദയാത് എന്ന് കേൾക്കും പ്രചോദയാൽ എന്ന് പറയും സ്വാമി ആണോ അങ്ങൾക്ക് ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല ഇൽ എന്ന് പ്രയോഗിക്കുക കേരളത്തിലെ നമ്പൂതിരി സമ്പ്രദായമാണ് നമ്പൂതിരി സമ്പ്രദായത്തിൽ അവർ ത എന്നുള്ളത് ഇൽ എന്ന് പറയും ഭഗവത്ഗീത ശ്രീമൽ ഭഗവത്ഗീത എന്ന് പറയും ശ്രീമദ് ഭഗവത്ഗീത അപ്പൊ ഹുംഫട്ട് ഹുംഫൾ എന്നൊക്കെയുള്ള ചെറിയ ചെറിയ എന്താ ആ ഒരു സമ്പ്രദായം ഞങ്ങൾ ഇന്ന സമ്പ്രദായത്തിൽ പെടുന്നു എന്ന് കാണിക്കാൻ ഇന്നും കൂടെ ഒക്കെ അതൊരു മോശം നല്ല സ്വാമി പറയുന്നത് വളരെ ഇനി അതിനെ പിടിച്ച് തർക്കം വേണ്ട അങ്ങനെ ഒരു ഇതുണ്ട് അവർ അങ്ങനെയാണ് തൽസൽ എന്ന് പറയും ഓം തൽസൽ തത്സ തൽസൽ ഇൽ എന്ന് ഇനിയിപ്പോ എവിടെയെങ്കിലും ഇൽ എന്ന് കണ്ടാൽ നിങ്ങൾ ഒരു ബലം പിടിത്തം വേണ്ട എന്ന് പറയാം അതുകൊണ്ട് പ്രചോദയാ എന്നുള്ളതാണ് സംസ്കൃതത്തില് ആ വൈദിക സംസ്കൃതം അതില് എന്താ അതിൻ്റെ മൂലത്തിലേക്ക് പോയി കഴിഞ്ഞ തകാരം തന്നെയാണ് നമുക്ക് കാണാം പ്രചോദയാ എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ഞങ്ങളെ പ്രേരിപ്പിക്കട്ടെ പ്രചോദിപ്പിക്കട്ടെ എന്നതാണ് അപ്പം എന്താണ് ഗായത്രി മന്ത്രം എന്ന് ചോദിച്ചാൽ ഏതൊരു ദേവനാണോ നമ്മുടെ ബുദ്ധിവൃത്തികളെ ധർമാത്മകമായിട്ടുള്ള ഭാവത്തിലേക്ക് ഉണർത്തിയിട്ട് ആ പരമപുരുഷാർത്ഥ പരമപുരുഷാർത്ഥത്തെ നേടുന്നതിനായി സഹായകമാകുന്നത് അത്തരത്തിൽ ഞങ്ങളുടെ ബുദ്ധിവൃത്തിയെ എന്താ പ്രചോദിപ്പിക്കുമാറാകട്ടെ എന്നാണ് എൻ്റെ എന്താ സാമാന്യമായിട്ടുള്ള ഇതിൻ്റെ സാരം എന്ന് പറയുക അതിന് ഓരോരുത്തരും വളരെ കയമായിട്ട് എന്താ പറയുക വിസ്തരിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഗായത്രി മന്ത്രം ചൊല്ലുന്ന രീതി അതിനെ അത് പഠിക്കാനുണ്ട് കുറേ സാവകാശത്തിൽ അത് ഓരോ ശബ്ദവും എങ്ങനെയാണ് അതിൻ്റെ ഉദാത്തം അനുദാത്തം സ്വരിതം പ്ലുതം ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ ഗായത്രി മാത്രം മതി എന്ന് പറയുക ഗായത്രി മാത്രം മതി എന്ന് പറഞ്ഞാൽ അതുമായിട്ട് അങ്ങോട്ട് എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്നാൽ മതി സൂര്യ സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും ഒക്കെ അത് ചെയ്യാവുന്നതാ സ്ത്രീകൾക്ക് ഗായത്രി പാടില്ല ഭഗവാൻ പറയുമായിരുന്നു സ്ത്രീകൾ ദൈവ ചൊല്ലരുത് നിങ്ങൾ വെറുതെ ഓരോരുത്തരോട് പോയി ചോദിക്കാതിരിക്കും ദൈവീത ഈ ചോദ്യങ്ങളൊക്കെ അവസാനിപ്പിക്കും ഉപനിഷത്തും ഇതിലുമൊക്കെ എന്താണോ പറയുന്നത് അതങ്ങോട്ട് പൂർണ്ണമായിട്ട് സ്വീകരിച്ചോളൂ പിന്നെ വല്ലവരും പറയുന്നത് കേൾക്കാതിരിക്കുക ഈ ശങ്കരാചാര്യസ്വാമികൾ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ആചാര്യസ്വാമികളെക്കുറിച്ച് പറയുന്നുണ്ട് ശൂദ്രം വേദം കേട്ട് കഴിഞ്ഞാൽ അവൻ്റെ കാതിൽ ഈ ഒഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് തോന്നുന്നത് അത് ഇതൊക്കെയാണെന്നാണ് കാരണം ഇങ്ങനത്തെ ഓരോ അബദ്ധങ്ങൾ കേ പറയുന്നവന്മാരാണ് ഇത് കേൾക്കാൻ അധികാരികളല്ലാത്തവർ അവർ പറയുന്നതാണല്ലോ ഈ പറയുന്നത് കേൾക്കുന്നതിൻ്റെ കുഴപ്പമാണ് ഈ കേട്ട കുഴപ്പം കൊണ്ടല്ലേ ഈ പറയുന്നത് ഇങ്ങനത്തെതൊക്കെ സ്ത്രീകൾക്ക് ഇത് പാടില്ല അത് പാടില്ല ഇത് പാടില്ല എന്നിട്ട് ഇവനാരതൊക്കെ പറയാൻ എന്നാണ് അത് ഉപനിഷത്തിൽ ഉപനിഷത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ പ്രമാണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാലും പേടിയാണ് സ്വാമി ഇതൊക്കെ പറഞ്ഞാലും ഈ കൂട്ടത്തിൽ പലർക്കും പേടിയുണ്ട് ഗായത്രി ജപിക്കാൻ സ്വാമിക്ക് അറിയാം വെറുതെ ഇനി ഞാനൊരു കുഴപ്പമുണ്ടാക്കേണ്ട പലരും ഉപദേശിക്കുന്നത് ഈ അമ്മമാരെ ഗർഭം ധരിക്ക് ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങിക്കോളാനാണ് ഗായത്രി ഉപാസന മോൻ സന്യാസിയായി പോവൊന്നുമില്ല നല്ല ബുദ്ധി ഉണ്ടാവും അത്രയേ ഉള്ളൂ ഈ ആയിരത്തിൻ്റെ സാഹചര്യം മേടിച്ചു വന്നാൽ അറുന്നൂറിന് വിൽക്കുന്ന ബുദ്ധിയല്ല അതെ ഗായത്രി ഉപാസനയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് വ തത്സവിതുർവരെ ഏണ്യം ഭർഗോദേവീമി ധിയോയോ നോദയാത് ഒരു മതൂല്ല ഒരു രാഷ്ട്രീയമില്ല നിങ്ങൾ വിചാരിക്കേണ്ട ഒരു മതുമില്ല ഒരു രാഷ്ട്രീയവും ഇല്ല ആ ശബ്ദത്തിന് അതുകൊണ്ടാണ് സ്വാമി ഇതിനെ ഓരോ ശബ്ദങ്ങൾ എടുത്തു പറഞ്ഞത് ദേവസ് എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ സ്വാമിയോട് സ്വാമിയെ വിട്ടേക്കാന്ന് പറയാം ഒരു മതവും അതുകൊണ്ട് ആർക്കും സ്വീകരിക്കാവുന്നത് ആർക്കും ഏത് പ്രായത്തിലും ഗായത്രിയാണ് നമ്മുടെ ഇതിൽ കുട്ടികൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് ഗായത്രിയാണ് ഉപനയനം കഴിഞ്ഞാൽ പിന്നെ ഗായത്രിയാണ് ഗായത്രി ജപമാണ് മുടങ്ങാൻ പാടില്ല ഗായത്രി എന്താ മുടങ്ങാൻ ഗായത്രി മുടങ്ങരുത് എന്ന് പറയാൻ കാരണം ഗായത്രി പറഞ്ഞിരിക്കുന്നത് ഇതാണേ നയിച്ചാലും ബുദ്ധിയെ നയിച്ചാലും മുന്നോട്ട് നയിച്ചാലും ധർമാനുസൃത ആ ധർമ്മവൃത്തികള് ആ വേദത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതെന്നെ പ്രചോദിപ്പിക്കട്ടെ അതായി തീരട്ടെ ഞാൻ അതിനാ ഞാൻ സൂര്യനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നത് അത്രയും എന്താ പറയുക ഉജ്ജ്വലമായ ഒരു തേജസ്സാർന്ന ഭാവം ഞാൻ പ്രകൃതിയിൽ വേറെ എവിടെയും കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഗായത്രിയുമായിട്ട് സാമ്യം പ്രാപിക്കാൻ പോകുന്ന ഏക ചൈതന്യവത്തായിട്ടുള്ള ഒന്ന് ഞാൻ കാണുന്നത് അതുമാത്രമേ ഉള്ളൂ സൂര്യൻ നിങ്ങൾക്ക് വലിയൊരു അഗ്നി മുൻപിലിരുന്ന് ഗായത്രി ജപിക്കാം പക്ഷെ കുറെ കഴിഞ്ഞാൽ അഗ്നി അഗ്നി കുറഞ്ഞു കുറഞ്ഞു വരും സൂര്യനങ്ങനെയല്ല സൂര്യനെ മനസ്സിൽ സങ്കല്പിച്ച് ആ ഉള്ളിലെ ബുദ്ധിവൃത്തിയായിരിക്കുന്ന സൂര്യൻ അത് പ്രകാശിക്കട്ടെ ഞങ്ങളുട്ടേ ഗായത്രി മന്ത്രം ചൊല്ലുന്ന രീതി അതിനെ അത് പഠിക്കാനുണ്ട് കുറെ സാവകാശത്തിൽ അത് ഓരോ ശബ്ദവും എങ്ങനെയാണ് അതിന്റെ ഉദാത്തം അനുദാത്തം സ്വരിതം പ്ലുതം ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ ഗായത്രി മാത്രം മതി എന്ന് പറയാം മാത്രം മതി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്നാൽ മതി സൂര്യ സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും ഒക്കെ അത് ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്ക് ഗായത്രി പാടില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ പറയുമായിരുന്നു സ്ത്രീകള് ദയവീതത്തൊന്നും ചൊല്ലരുത് നിങ്ങൾ വെറുതെ ഓരോരുത്തരോട് പോയി ചോദിക്കാതിരിക്കും ദയവീതം ഈ ചോദ്യങ്ങളൊക്കെ അവസാനിപ്പിക്കും ഉപനിഷത്തും ഇതിലും എന്താണോ പറയുന്നത് അതങ്ങോട്ട് പൂർണ്ണമായിട്ട് സ്വീകരിച്ചോളൂ പിന്നെ വല്ലവരും പറയുന്നത് കേൾക്കാതിരിക്കുക ഈ ശങ്കരാചാര്യസ്വാമികള് ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ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 അത് ഉപനിഷത്തില് ഉപനിഷത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ വല്ല പ്രമാണവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാലും സ്വാമി ഇതൊക്കെ പറഞ്ഞാലും ഈ ഇരിക്കുന്ന പലർക്കും പേടിയുണ്ട് ഗായത്രി ജപിക്കാൻ സ്വാമിക്ക് അറിയാം വെറുതെ ഇനി ഞാനൊരു കുഴപ്പമുണ്ടാക്കണ്ട പലരും ഉപദേശിക്കുന്നത് ഈ അമ്മമാരെ ഗർഭം ധരിക്കും ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങിക്കോളാനാണ് ഗായത്രി ഉപാസന മോൻ സന്യാസിയായി പോകൊന്നുമില്ല നല്ല ബുദ്ധി ഉണ്ടാവും അത്രയേ ഉള്ളൂ ഈ ആയിരത്തിന്റെ സാഹചര്യം മേടിച്ചൊന്ന് അറുന്നൂറിന് വിൽക്കുന്ന ബുദ്ധിയല്ല അതെ ഗായത്രി ഉപാസനയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അത് ഇത് ആർക്കും സ്വീകരിക്കാവുന്നതാ അതുകൊണ്ട് നമ്മുടെ പൂർവന്മാര് പറഞ്ഞിട്ടുള്ള പല പല കാര്യങ്ങളും ഈ ഒരു തലത്തിൽ നിന്ന് വേണം നമ്മൾ നോക്കിക്കാണാൻ ഉം ചില കാര്യങ്ങൾ സ്വാമി ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് വേണ്ടത്ര പക്വതയില്ലാതെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അബദ്ധ പക്വതയില്ലാത്ത സ്വീകരണം എന്ന് പറയുന്നത് സ്വാമി വിശദീകരിക്കാം അപ്പൊ നിങ്ങൾ ഒരു ആറ്റമിക് റിയാക്ടറിലേക്ക് ആറ്റമിക് ഇതിലേക്ക് ഇപ്പൊ ബാബ ആറ്റമിക് എന്താ റിസർച്ച് സെന്റർ ഉണ്ടല്ലോ ആ റിയാക്ടർ നിലകൊള്ളുന്ന അവിടേക്ക് ഒരു സാധാരണക്കാരനെ അതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല എല്ലാവർക്കും സാധ്യമല്ല ആ റിയാക്ടറിനകത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ചില മുൻകരുതലുകൾ എടുക്കണം ഇപ്പം നമ്മളതിനകത്ത് പോയിട്ടുള്ള നമുക്ക് എന്തൊക്കെയോ സുനാങ്കൃതിയൊക്കെ അവർ ഫിറ്റാക്കി തരും റേഡിയേഷൻ ഇല്ലാതിരിക്കാൻ എന്നിട്ട് അവരത് നോക്കുകയൊക്കെ ചെയ്യും നമ്മളെക്കുറിച്ച് മുഴുവൻ വിശദ വിവരങ്ങൾ അവിടെ എഴുതി വയ്ക്കും അതൊക്കെ അവരുടെ ഇതായിട്ടുള്ളൊരു രീതിയാണ് അവിടെ എല്ലാവരെയും അങ്ങനെ കയറ്റില്ല അതൊരു കാര്യം പിന്നെ കയറാൻ ഭാഗ്യമുണ്ടായി അപ്പം റിയാക്ടറിനകത്തേക്ക് എനിക്ക് അതിൻ്റെ ആ റിസർച്ച് സെൻ്ററിലേക്ക് പോയി അകത്തേക്ക് പ്രവേശിക്കാൻ ഒരു പരിധിവരെ പ്രവേശിക്കാം അത് കഴിഞ്ഞാൽ പ്രവേശിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളൊക്കെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് സയൻറ്റിസ്റ്റുകൾക്ക് മാത്രം പ്രവേശിക്കാവുന്ന ഇടങ്ങൾ എന്തുകൊണ്ട് അവർക്കതിൻ്റെ മർമ്മം അറിയാം മാത്രമല്ല അവരതിന് വേണ്ട പല പ്രതിവിധികളും എടുത്തിട്ടുള്ളവരാണ് നമ്മൾ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ആർക്കൊന്നും ഉണ്ടായി എന്ന് വരില്ല ഇത് അതിൻ്റെ ഉള്ളിൽ കൂടെ എന്തൊക്കെയാ പോകുന്നതെന്ന് അറിയാം എന്തൊക്കെയോ കല്ലും മണ്ണും പോലത്തെ ഓരോ സാധനം അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടിട്ട് അതെല്ലാം കൂടെ ചൂടാക്കി ഈ മിക്സിയിൽ അടിക്കുന്ന പോലത്തെ എന്തൊക്കെയോ പരിപാടിയാ എല്ലാം കൂടെ നീല നിറമൊക്കെ ആക്കി അതിൻ്റെ വലിയ ഊർജ്ജമാണ് അവിടുന്ന് രൂപം കൊള്ളുന്നത് വലിയ രസമാണ് അതൊക്കെ എന്താ കേട്ടുകഴിഞ്ഞാൽ തലയ്ക്ക് ഒന്നുകിൽ വട്ടുപിടിക്കുക അല്ലെങ്കിൽ കാര്യം മനസ്സിലാവും ഏ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അത്ഭുതം തോന്നും ഈ ഈ എന്താ വെറുതെ കിടക്കുന്ന ഈ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയിട്ടാണ് ഇട്ടിട്ട് ഇത് പലതാക്കുന്നത് അപ്പൊ അതിനകത്തേക്ക് പ്രവേശിക്കുന്ന ഓരോരോ സ്ഥലങ്ങളിൽ ഞാൻ എന്തെടുക്കേണ്ടതുണ്ട് മുൻകരുതലുകൾ വേണം എനിക്ക് അതിൻ്റെതായിട്ടുള്ള എന്താ പറയുക ഓരോരോ എന്താ പ്രിക്കോഷൻ എന്നല്ലേ പറയുക ആ അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുക അതുകൊണ്ട് പണ്ട് ഇനിയാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് പണ്ട് ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശനം കൊടുക്കാത്തത് ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള സാധന കൊണ്ടുള്ള ഫലം നേടിയവന് മാത്രമേ അതിനകത്ത് പോയിട്ട് കാര്യമുള്ളൂ അല്ലാത്തവൻ ചന്തപ്പറമ്പിലെ പോലെ അവിടെയും ഇവിടെയും പോയി തിരിഞ്ഞു കളിച്ചാൽ അത് മറ്റുള്ളവർക്കും കൂടെ ബുദ്ധിമുട്ടാണ് മനസ്സിലാവുന്നുണ്ടോ വലിയൊരു തലത്തിലായി ഇത് പറഞ്ഞത് പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ച് അതിന്റെ ഉള്ളിലിരിക്കുന്നവനും ഇല്ല ഗന്ധം പുറത്തിരിക്കുന്നവനും ഗന്ധമില്ല ആനപ്പുറത്തിരിക്കുന്നവനും അല്ല ഇവരും ഉണ്ടെങ്കിലല്ലേ താഴെ ആർക്കും ഇല്ല എന്ന് പറയാം ഈ തിരുമേനി ജലമെടുത്ത് മുകള മുകളിലേക്ക് അതിങ്ങനെ താഴെ വീഴുമ്പം ഒരു പ്രത്യേക നാദം തന്നെ ഉണ്ടാവുന്നുണ്ട് അതെന്തിനു വേണ്ടി എന്ന് ഇടുന്ന മൂപ്പർക്കും അറിയില്ല അടുത്ത് നിൽക്കുന്നവർക്കും അറിയില്ല എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് തൊട്ടുകൂട എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് മാത്രമേ ഈ ഗർഭഗൃഹത്തിലേക്ക് പ്രവേശനമുള്ളൂ ഇദ്ദേഹം ഈ പ്രിക്കോഷ ഗായത്രി കൊണ്ട് ഇതൊക്കെ എടുത്തിട്ടുള്ള ആളാണ് ഇത് വലിയ ഗഹനമാർന്ന വിഷയമാണ് ഇവിടെ സ്വാമി പറയുന്ന ജാതിയും അതൊന്നുമില്ല നിങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മന്ത്ര പൂരിതമാക്കിക്കഴിഞ്ഞാൽ ആ മന്ത്രത്തിൻ്റെ ചൈതന്യം കൊണ്ട് നിങ്ങൾക്ക് ചില എന്താ പറയുക ചില ഭാവങ്ങളൊക്കെ കൈവരാനുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും നോക്കൂ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും അറേബ്യയിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട് അൽ കുഫ എന്നോ അങ്ങനെ അതെ ഓർമ്മ അൽ കുഫ എന്നാണ് അൽകുഫയിൽ സൂഫി സെയിൻറ്റുകൾ പോകുന്ന സ്ഥലമാണ് അൽകുഫയിൽ ഇപ്പോഴും ആളുകൾക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്താന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ് എത്രയോ ഏക്കർ കണക്കിന് കിടക്കുന്ന മരുഭൂമിയാണ് ആ മരുപ്രദേശത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല പക്ഷേ ജ്ഞാനികളായിട്ടുള്ള സൂഫികൾ അങ്ങേയറ്റത്തെ ദക്ഷിണാവൈഭവം വന്നിട്ടുള്ള അവർ ആ വഴി കണ്ടെത്തി അവിടെ എത്തുന്നു ഇപ്പോഴും അജ്ഞാതമാണ് ആ കേന്ദ്രം കാരണം അവർക്കറിയാം അത് അതുകൊണ്ട് ഇത് ഒരു മൃഗശാലയോ ഒരു ഓ അല്ല ഒരു മൃഗശാലയോ അല്ലെങ്കിൽ ഒരു നക്ഷത്ര ബംഗ്ലാവോ കാഴ്ച ബംഗ്ലാവോ അല്ല ക്ഷേത്രങ്ങളും അതുപോലുള്ള സങ്കേതങ്ങളും ഇന്ന് കേവലം അത് പലതുമായി അതപ്പതിച്ചു അത് വേറെ കാര്യം ഒരു കാലത്ത് അവിടേക്ക് പ്രവേശിക്കേണ്ടവനാര് എന്ന ആചാര്യൻ പൂർവന്മാര് നിശ്ചയിച്ചിരുന്നു അവന് വേണ്ട യോഗ്യതകൾ ഇതാണ് ഇന്ന് അത് ചെയ്യുന്ന പൂജകന് പോലും ആ യോഗ്യത ഉണ്ടോ എന്ന് വേറെ അതുകൊണ്ടാണല്ലോ ആർക്കും ആർക്കും പൂജ ചെയ്യാം സത്യം പറഞ്ഞാൽ ആരും പൂജ ചെയ്യാൻ യോഗ്യനാണ് ഈ കല അഭ്യസിക്കണം അതായാലും പൂർവികന്മാർ ചില വിലക്കുകൾ ഏർപ്പെടുത്തിയത് ഇതുകൊണ്ടാണ് എന്നാൽ ആധുനിക ശാസ്ത്രകാരൻ ഒരു ഇത്ര ഇത്തരത്തിലുള്ള ഒരു കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ നിങ്ങൾക്ക് പാടില്ല എന്ന് പറയുന്ന സമയത്ത് അവനെ ഒരിക്കലും നിങ്ങൾ ഒരു എന്താ ഒരു മൂരാച്ചി എന്ന് വിളിക്കില്ല ശാസ്ത്രക്കാരനെ പക്ഷെ മതപരനായിട്ടുള്ള ഒരു മതത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ പറയുന്ന സമയത്ത് നിങ്ങൾ അവനെ എന്ത് വിളിക്കും മൂരാച്ചി എന്ന് വിളിക്കും കാര്യമറിയാത്തവനാണ് ഈ പറയുന്നത് എന്തൊക്കെ ഈ എന്താ പറയാ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറില്ലേ അമ്പലത്തിലെ ശിവേലി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുന്നള്ളത്ത് പോകുന്ന സമയത്ത് ഇടയ്ക്ക് പറയും എല്ലാ അശുദ്ധായിരുന്നു ഉം എന്താ അശുദ്ധാവാൻ ആനപ്പുറത്തിരിക്കുന്നവൻ ചോട കുടിച്ചു അശുദ്ധായി അല്ലെങ്കിൽ അവനെ അങ്ങോട്ട് നോക്കി അതോടുകൂടി അശുദ്ധ ഇനി എന്താ എല്ലാ നീദ്യങ്ങളും എടുത്തു മാറ്റിയിട്ട് ആദ്യം മുതൽ തുടങ്ങാം അത് അവരുടേതായിട്ടുള്ള ചില ചില എന്താ അഹങ്കാരം കൊണ്ട് പറയുന്നതും അല്ലെങ്കിൽ അത് നന്നായി ധരിപ്പിച്ചു കൊടുക്കാൻ ചിന്മയാനന്ദ സ്വാമികൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ക്ഷേത്രങ്ങളിലെ പൂജാരി ക്ഷേത്രം നട മുൻപ് അല്ലെങ്കിൽ ദീപാരാധന തൊഴുതതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ശാസ്ത്ര ജനങ്ങളുമായിട്ട് നടത്തട്ടെ ക്ഷേത്രത്തിന്റെ ആ നമ്മുടെ സംസ്കാരം തന്നെ ആകെ മാറുന്ന സ്വാമിജി എപ്പോഴും പറയാറുള്ളതാ ഇപ്പൊ ക്ഷേത്രത്തിൽ വെച്ച് ആ ക്ഷേത്ര ചൈതന്യത്തെ അറിയുന്നവൻ ജനങ്ങളോട് ഈശ്വരൻ എന്തെന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് ഉപനിഷത്തുകളും മറ്റും ഉദ്ധരിച്ച് ഭഗവത്ഗീതയും മറ്റും ഉദ്ധരിച്ച് ആഗമാൻ സ്വാമികൾ എപ്പോഴും പറയും ഭഗവത്ഗീത ഈ എന്താ പറയുക അമ്പലത്തില് പൂജാരി അറിഞ്ഞിരിക്കേണ്ടത് പൂജയേക്കാൾ ഉപരി ശാസ്ത്രമാണ് അറിഞ്ഞിരിക്കേണ്ടത് അല്ലാത്തവനൊന്നും മനസ്സിലാവില്ല കാരണം അതിൽ നിന്നാണ് ഇത് മുഴുവൻ ഉണ്ടായത് ഈ ആവാഹനം എന്ന് പറയുന്നതെല്ലാം ഓരോന്നും ഏത് കോണിലിരിക്കുന്നു എന്താ എന്ത് ഗംഭീരാണെന്നറിയാം നമ്മുടെ ആ രീതികളെല്ലാം തന്നെ പ്രാണനെ പ്രാണപ്രതിഷ്ഠയും പ്രാണനെ തൻ്റെ പ്രാണനെ ബിംബത്തിലേക്ക് ബിംബത്തെ ചൈതന്യപ്പെടുത്തുന്നതും അതിനെ തിരിച്ച് ആവാഹിക്കുന്നതുമൊക്കെ ഗംഭീരാണ് സംഗതി അപ്പം അത്തരത്തിലുള്ള അതിലൊക്കെ അതിൻ്റേതായിട്ടുള്ള തലങ്ങളുണ്ട് അവിടേക്ക് എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റില്ല ഈ ഭൗതികശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ ഇതൊക്കെ നമുക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഗായത്രി എന്നത് ഈ മന്ത്രത്തെ ആവാഹിക്കുന്ന അല്ലെങ്കിൽ ഗായത്രിയെ സ്വമനസിലേക്ക് സ്വ എന്താ പറയുക തൻ്റെ ആത്മാവിലേക്ക് ആവാഹിച്ച് പ്രതിഷ്ഠിച്ചവന് പിന്നെ താൻ സൂര്യനാണ് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു അത് ഞാനാവുന്നു ചന്തസാം അഹം ഗായത്രി തഥാ അതുപോലെ മാസാനാം മാർഗശീർഷ മാർഗശീർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ധനുമാസം മാസങ്ങളിൽ ഞാൻ ധനുമാസമാണ് എന്താ ധനുമാസത്തിന്റെ വിശേഷം അന്നാണ് തിരുവാതിര എന്ന് പറയാം ധനുമാസത്തിലെ തിരുവാതിര ഞങ്ങൾ പുഴുക്കുണ്ടാക്കുന്ന കാല ഞങ്ങള് നല്ല ഭർത്താവിനെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സ്വാമിക്കറിയോ എത്ര തിരുവാതിര പുഴുക്ക് കഴിച്ചിട്ടാ ഞാൻ നേടിയെടുത്തതെന്ന് ഇല്ലേ ആലോചിക്കുമ്പോ ഒരു പുഴുക്ക് പരുവത്തില എന്റെ ജീവിതം ധനുമാസ തിരുവാതിര മാർഗശീർഷ ഋതൂന ഋതുക്കളിൽ ഞാൻ എന്താണ് കുസുമാകര എന്ന് പറഞ്ഞാൽ വസന്തം ഞാനാവും വസന്തം വരുമ്പം ഭഗവാൻ വന്നു വസന്തം ഋതുക്കളിൽ ഞാൻ വസന്തമാണ് ഹേമന്തം ശിശിരം വസന്തം ശരത് ഇത്യാദി ഋതുക്കളുണ്ടല്ലോ ഈ ഋതുക്കളെ കൊണ്ടൊക്കെ അനുഗ്രഹീതരാണ് നമ്മള് കേരളീയർ ഇതൊക്കെ ആരാകുന്നു അഹമസ്മി ഞാനാകുന്നു തുടർന്ന് ദ്യൂതം ചലയതാം അസ്മി തേജസ് തേജസ്വിമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വതാമഹം ഭഗവാൻ വിഭൂതി യോഗത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതിൽ സനാതനധർമ്മ വിശ്വാസികളെന്നോ അല്ലെങ്കിൽ ആ സനാതനധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട നാല് ഗഗാരങ്ങളുണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങളൊന്നറിയില്ല ചതുർഗകാര സംയുക്തയെ പുനർജന്മന വിദ്യതേ നാല് ഖകാരങ്ങള് പുനർജന്മത്തെ ഇല്ലാതെയാക്കുന്നു എന്നാ അതായത് ജനു മൃതികൾ കപ്പുറത്തേക്ക് നയിക്കാൻ പോന്നതാണ് നാല് ഗഗാരങ്ങള് ഏതാണ് ഗംഗ ഗീത ച ഗായത്രി ഗോവിന്ദേതി ഹൃദിസ്ഥിതേ ചതുർഗകാര സംയുക്തേ പുനർജന്മന വിദ്യത്തെ സ്വാമി ഒന്നുകൂടെ ശരി കേട്ടോളൂ ഒന്നുകൂടെ ഗീത ഗംഗ ച ഗായത്രി ഗീത ഗംഗ ച ഗായത്രി ചെന്ന് പറഞ്ഞ ഉം എന്നാണ് ഗീത ഗംഗാച്ച ഗായത്രി ഗോവിന്ദേതി ഗോവിന്ദ ഇതി ഗോവിന്ദൻ അതും ഹൃദിസ്ഥിതേ ഹൃദയത്തിൽ സ്ഥിതമായാൽ ഗീതയും ഗംഗയും ഗായത്രിയും ഗോവിന്ദനും ഹൃദയത്തിൽ സ്ഥിതമായാൽ നിലകൊണ്ടാൽ പിന്നെ എന്താണ് ഈ ചതുർഗകാര സംയുക്ത ഈ ചതുർഗകാരങ്ങൾ നാല് ഗഗാരങ്ങൾ എന്തൊക്കെയാണ് ഗീത ഗായത്രി ഗംഗാ ഗീത ഗായത്രി ഗോവിന്ദൻ സ്വാമി ഗോ ആണല്ലോ അത് ഗായാണ് ചതുർഗകാര സംയുക്ത പുനർജന്മെന്ന വിദ്യത്തെ പിന്നെ പുനർജന്മില്ല ഈ നാല് ഗഗാരം മതി എന്ന് പറയാം നാലിനെ കുറിച്ച് ഭഗവാൻ ഇവിടെ പറഞ്ഞുകഴിഞ്ഞു അല്ലേ നാലും തുടർന്ന് ഭഗവാൻ പറയണു ദ്യൂതം ചലയതാം അസ്മി തേജ തേജ തേജസ്വിനം അഹം ജയ അസ്മി വ്യവസായ അസ്മി സത്വം സത്വതാം അഹം ചലയതാം ചലയതാം എന്ന് പറഞ്ഞാൽ ചലിപ്പിക്കുന്ന ചതിയന്മാരുടെ വഞ്ചകന്മാരുടെ എന്താണ് ദ്യൂതം എന്ന് പറഞ്ഞാൽ ചൂതുകളി അതാരാണ് അഹമസ്മി ഞാനാണ് തരക്കേട്ടില്ല അപ്പോ ക്ലബ്ബിലെ ചീട്ടുകളി ഞാനാണ് ചൂതുകളി ഞാനാണ് വഞ്ചകന്മാരുടെ ചൂതുകളി ഞാനാകുന്നു അതുപോലെ തേജസ്വിനാം തേജ അഹം തേജസ്സുള്ളവരുടെ തേജസ് ഞാനാകുന്നു ജയ അഹമസ്മി ജയം ഞാനാകുന്നു ആരുടെയൊക്കെ ജയമുണ്ടോ അത് ഞാനാകുന്നു വ്യവസായ അഹമസ്മി വ്യവസായം ഞാനാകുന്നു വ്യവസായം എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്നല്ല പരിശ്രമം എന്നാണ് സംസ്കൃതത്തിൽ വ്യവസായം എന്ന് പറഞ്ഞാൽ വ്യവസ്യതി ഇതി പറഞ്ഞാൽ പരിശ്രമിക്കുന്നത് പരിശ്രമം അഹമസ്മി ഞാനാകുന്നു സത്വദാം സത്വം അഹം സത്വഗുണമുള്ളവരുടെ സദ്ഭാവം അഹം ഞാനാകുന്നു തുടർന്ന് ഇതിനെയൊക്കെ ഇനിയും വിസ്തരിക്കാം ഇത് കഴിഞ്ഞിട്ട് പാണ്ഡവാനഞ്ജയ മുനീനപ്യാസന വൃഷ്ണീനാം വാസുദേവ അസ്മി പാണ്ഡവാനാം ധനഞ്ജയ മുനീനം അപ്പി അഹം വ്യാസ കവീനാം ഉശന കവി വൃഷ്ണീനാം വൃഷ്ണികളിൽ യാദവന്മാരിൽ വാസുദേവ കൃഷ്ണൻ ഞാനാണ് തന്നെ തന്നെ താൻ പരിചയപ്പെടുത്തുക ഞാനാണ് കേൾക്കണം അർജുന പാണ്ഡവാനാം പാണ്ഡുപുത്രന്മാരിൽ ആരാണ് ഞാൻ എന്ന് നീയാണ് അർജുനൻ ഞാനാണ് നീ ഞാനാകുന്നു അത് നമ്മളോട് പറയാം നമ്മളൊക്കെ ഞാൻ നിങ്ങളാക്കുന്നു മുനീന മുനികളിൽ വ്യാസ ഞാൻ വ്യാസനാണ് അപ്പൊ വ്യാസനും നല്ല ഉറപ്പുണ്ട് എന്ന് പറയാം എഴുതിയിട്ടുള്ള വ്യാസൻ കൂട്ടത്തിലും എല്ലാ തിരികിക്കയറ്റിയതാണോ തൻ്റെ പേര് എന്നൊക്കെ അതൊക്കെ നമ്മളെ സംബന്ധിക്കുന്നതാണ് എല്ലാവരുടെയും എന്താ ഭഗവത്ഗീത എന്ന് കുറെ ഒക്കെ കട്ട് ചെയ്ത് കട്ട് ഒരു നല്ലൊരു കത്രികയും ഒരു സെല്ലോ ടൈപ്പും ഒരു ഫോട്ടോ കോപ്പിയറും ഉണ്ടെങ്കിൽ ആർക്കും ഏത് പുസ്തകവും ഉണ്ടാക്കാനാണ് കാരണം അവിടുന്ന് ഇവിടുന്നൊക്കെ കട്ട് ചെയ്താൽ മതി എന്നിങ്ങനെ ഒട്ടിച്ച് പിന്നെ അതിനൊരു അവതാരിക എഴുതി കഴിഞ്ഞാൽ തൻ്റേതായിരുന്നു അപ്പൊ വ്യാസ ഭഗവാൻ അങ്ങനെയൊന്നുമല്ല വ്യാസൻ പറയുന്നു ഞാൻ തന്നെയാണ് എന്താ ഭഗവാൻ തന്നെ ഭഗവാനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് ആരാണ് ഞാൻ എന്ന് കവികളിൽ ഞാൻ വ്യാസനാണ് കവി നാം വ്യാസ ഉഷന മുനീനാം ക്ഷമിക്കണം മുനീനാം ആ നിങ്ങൾ ശ്രദ്ധയുണ്ടല്ലോ അല്ലേ മുനീനാം മുനികളിൽ വ്യാസഹ വ്യാസനാണ് കവീനാം ഉഷനാഹ കവികളിൽ ഞാൻ ആരാണ് ശുക്രനാണ് എന്ന് പറയുക ഉഷന എന്ന് പറഞ്ഞാൽ ശുക്രനാകുന്നു ഉഷനാ കവി അഹമസ്മി ഇത് അഹമസ്മി എന്ന് പറഞ്ഞാൽ ഞാനാകുന്നു ഇതെല്ലാം അഹമസ്മി അഹമസ്മി എല്ലാ എല്ലാ എല്ലായിടത്തേക്കും എടുക്കാനുള്ള ആരാണ് അസുരഗുരുവാണ് ശുക്രൻ എന്ന് പറയാം അസുരഗുരുവായിരിക്കുന്നവനും ഞാനാണ് വാത്മീകിക്കും മുൻപാണ് ശുക്രൻ തുടർന്ന് ദോദമയം മൗനം ദയതാം അീതി അിഗീഷതാം മൗനം ചുഹ്യതം ജ്ഞാനം ജ്ഞാനവഹമസ്ഡനം നടത്തുന്ന ശിക്ഷ നടപ്പാക്കുന്നവരിൽ ദമയതാം എന്ന് പറഞ്ഞ ശിക്ഷ നടപ്പാക്കുന്നതിൽ ദണ്ഡം അഹമസ്മി അടി ജ്ഞാനാകുന്നു നന്നായി ഞങ്ങൾ കുട്ടികളെ നല്ലവണം അടിക്കാറുണ്ട് എന്ന് പറഞ്ഞു അടിക്കുക എന്നുള്ളത് ഭഗവാൻ അതായത് ആ ഒരു ശിക്ഷ ഉണ്ടല്ലോ അത് ഞാനാണ് എന്തിനാണത് അവനെ ഓർമ്മിപ്പിക്കാനാണ് അത് ഞാനാകുന്നു ജിഗീഷതാം ജയ ജിഗീഷതാം എന്ന് പറഞ്ഞാൽ ജയം ആഗ്രഹിക്കുന്ന ആളുകളുടെ നീതിഹി ധർമ്മമാർഗം ന്യായം അഹമസ്മി ഞാനാകുന്നു അതുപോലെ ഗുഹ്യാനാം രഹസ്യങ്ങളിൽ അഹം മൗനം ഞാൻ മൗനമാകും രഹസ്യങ്ങളുടെ രഹസ്യങ്ങളിൽ ഞാൻ എന്താണ് മൗനമാണ് മൗനമാണ് ഏറ്റവും വലിയ രഹസ്യം അതുകൊണ്ടും മിണ്ടാതിരിക്കുക മൗനമേവ ഉചിതം ജ്ഞാനവദാം ജ്ഞാനവദാം തത്വജ്ഞാനികളുടെ ജ്ഞാനികളുടെ ജ്ഞാനം ച അഹമേവ ജ്ഞാനികളുടെ ജ്ഞാനവും ഞാൻ തന്നെയാകുന്നുാഭൂതം തദ്ഹമർജുന വിന മയാ ഭൂതം ചരാചരം യത് ചൊപ്പൂതം ബീജം തത് അഹം അർജുന ന അസ്ഥി വിന യസിയാൻ യസിയാത് മയാഭൂതം ചരാചരം അപ്പൊ ഇവിടെയൊക്കെ രണ്ട് സ്ഥലത്ത് നമുക്ക് സംശയം ഉണ്ടാവാം എന്താണ് ഏ വഞ്ചകന്മാരുടെ ചൂതുകൾ എങ്ങനെയാ ഭഗവാനാവുന്നത് അല്ലേ അതെ പറഞ്ഞുവല്ലോ എല്ലാം ഭഗവാൻ ഏറ്റെടുക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവണ്ട കുറച്ചുകൂടെ മുൻപിൽ വന്നു ഈ ഓരോ അധ്യായം കഴിഞ്ഞ് മുൻപിലേക്ക് പോയി കഴിഞ്ഞാലാണ് പിറകിലുള്ള സംശയങ്ങളെല്ലാം തീരുക അതുകൊണ്ട് സംശയം ഉണ്ടാവണം അപ്പൊ നമുക്ക് വല്ലതും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്നോർത്ത് അധികം ദുഃഖിക്കേണ്ട എന്ന് പറയാം ഒരു ഈ ഭാര്യയുടെ ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ ക്രെഡിറ്റ് കാർഡല്ല ബാങ്കിലെ ആ പ്ലാസ്റ്റിക് കാർഡിന് എന്താ പറയാ ആ ക്രെഡിറ്റ് കാർഡ് തന്നെ ആ ക്രെഡിറ്റ് കാർഡ് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു അത് ആരോ മോഷ്ടിച്ചതാണ് അനപൂർവം അപ്പം ഭർത്താവ് പറയാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു ആരോ എന്താ അത് ഉടനെ എന്നാലും അതൊന്ന് ബാങ്കിൽ ഇൻഫോം ചെയ്ത് അത് വേഗം സ്റ്റോപ്പ് ചെയ്യണ്ടേ എന്ന് അപ്പോൾ ആരാണ് ഇത് മോഷ്ടിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോലീസ് പറഞ്ഞു ഒന്ന് ഒന്ന് എന്താ പറയുക ഒന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ വരട്ടെ ഞങ്ങളൊന്ന് നിരീക്ഷിക്കട്ടെ ഏ നിരീക്ഷിക്കാൻ പറഞ്ഞു അപ്പോൾ ഇവർക്കൊരു പേടിയുണ്ട് ഇയാൾ ഒരുപാട് എമൗണ്ട് അടിച്ചു മാറ്റുമെന്ന് അപ്പൊ ഭർത്താവ് പറയാം ഇല്ല അവള് ചെലവാക്കുന്ന അത്ര കള്ളം ചെലവാക്കുന്നില്ല കുറവാണ് അവൻ കുറയും കൂടെ കുറച്ചുകൂടെ ചെലവ് കുറവാണ് അതുകൊണ്ട് ചൂത് ഞാനാണെന്ന് പറയുമ്പോ എടുത്തോളാം ക്രെഡിറ്റ് കാർഡ് ഞാനാണെന്ന് പറയാം ഇന്നത്തെ ചൂതാണത് അത് കയ്യിലുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുമല്ലോ പലതും കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പം ക്രെഡിറ്റ് കാർഡ് അഹമസ്മി എന്നാണ് അർജുന അബീച മാത്രമല്ല സർവഭൂതാനാം ബീജം യത് അഹം സകല സൃഷ്ടിവർഗങ്ങൾക്കും ഞാൻ ആരാണ് ബീജം കാരണമായി യത് യാതൊന്നുണ്ടോ തത് അഹം അത് ഞാനാണ് ചരാചരം യത് ഭൂതം സ്യാത് ഈ ചരാചരം എന്തൊക്കെ സ്ഥാവര ജംഗമങ്ങളായി ഈ പ്രപഞ്ചത്തിൽ യത് ഭൂതം യാതൊരു സൃഷ്ടി സ്യാദ് ഉണ്ടാകുന്നുവോ തത് അത് മയാവിനാസ്തി എന്നിൽ നിന്ന് എന്നോട് കൂടെയല്ലാതെ സംഭവിക്കുന്നില്ല എന്നോട് കൂടെയല്ലാതെ ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല അർജുന അബീച മാത്രമല്ല സർവഭൂതാനാം ബീജം യത് അഹം സകല സൃഷ്ടി ഞാൻ ആരാണ് ബീജം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 അന്ധ അസ്തി മിവ്യം വിഭൂതീനം ഹേ പരന്ത ഏഷത് ഉദ്ദേശത പ്രോക്തൂ വിസ്തര മയാ ഹേ അർജുന പരന്ദബ മമ ദിവ്യാനാം വിഭൂതീനാം അന്തഹസ്തി എൻ്റെ ദിവ്യങ്ങളായ വിഭൂതികൾക്ക് ഒരറ്റവും ഇല്ല അർജുന അന്തഹ നസ്തി വിഭൂതേ ഏഷ വിസ്തരഹ തു ഈ വിഭൂതിയുടെ ഈ വിസ്തരിച്ചുള്ള വിവരണം ഉദ്ദേശത ഏകദേശമായിട്ട് ഞാൻ ചുരുക്കിയിട്ട് മയാ പ്രോക്ത ഞാനൊന്ന് ചുരുക്കി പറഞ്ഞതാണ് വെറുതെ ഒന്ന് ചുരുക്കി പറഞ്ഞതാണ് എൻ്റെ ഒരു ജസ്റ്റ് ഒരു വിസിറ്റിംഗ് കാർഡാണിത് അതിൽ ഞാൻ ആരാണ് പ്രസിഡന്റാണ് സെക്രട്ടറിയാണ് എക്സ് എക്സ് എന്നൊക്കെ ഉണ്ടാവുമല്ലോ ഇതൊന്നും എക്സ് അല്ല ഇതൊക്കെ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് പറയും ഒന്ന് ഞാൻ ചുരുക്കി പറഞ്ഞതാണ് തുടർന്ന് അദ്ദേഹത്തെ ഉപസംഹരിക്കണോ ഭഗവാൻ ശ്രീമദ് ഊർജിതമേവംശ സംഭവം യത് യത് വിഭൂതിം മത് സത്വം ശ്രീമത് ഊർജിതം ഏവ വത് ദേവഗം ത്വം മമ തേജോ അംശസംഭവം വിഭൂതിമത് വിഭൂതിമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യമുള്ളതായിട്ടുള്ളതോ അല്ലെങ്കിൽ ശ്രീമത് ഊർജിതം വാ അങ്ങേയറ്റം ശോഭയാർന്നതായിട്ടുള്ളതോ വിഭൂതിമത് ശ്രീമത് ഊർജിതം വാ ു ഊർജിതം എന്ന് പറഞ്ഞാൽ ഗുണവിശേഷമാർന്നത് യത് യത് യാതൊരു യാതൊരു സത്വം തത് തത് യാതൊരു സത്വം എന്ന് പറഞ്ഞാൽ സദ്വസ്തു ഉണ്ടോ യാതൊന്നുണ്ടോ തത് അതെല്ലാം മമ തേജോംശ സംഭവ എന്റെ തേജസ്സിൽ നിന്ന് ഏവ എന്ന് തന്നെ ത്വം അവഗച്ഛ നീ അറിഞ്ഞാലും നീ അറിയണം അവഗച്ഛ എന്ന് പറഞ്ഞാൽ നീ അറിയണം അപ്പൊ ഈ ഇതെല്ലാം നീ മറന്നേക്കൂ എവിടെക്കെ നീ ആകർ നീ ആകൃഷ്ടനാകുന്നുവോ ഈ വിശ്വത്തിൽ നമ്മൾ എന്തിലേക്കും ഏതെങ്കിലും ഒന്നിലേക്ക് നാം ആകൃഷ്ടരാകുന്നുവെങ്കിൽ അതാ വിഭൂതിയാണ് തുടർന്ന് ഈ അടുത്ത ശ്ലോകത്തോട് കൂടിയിട്ട് അടുത്ത ശ്ലോകം ഭഗവാൻ നമ്മളെ അതായത് അർജുനനെ ഒന്ന് എന്താ ഒന്ന് ഒന്ന് ഒന്ന് കശക്കിയെടുക്കുകയാണ് നോക്കാം എന്താ ാ തർജുന വിഷ്ടഹിദം കൃഷ്ണ ഏകാശേന സ്ഥിതോ ജഗത്ത ഓ തീമവത്ഗീതുനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണർജുന സംവാ അഥവാം ജാതെയ തവ അർുന പഷ്ടഭ്യം അഹം ഇതം കൃത്നം ഏകാംശന സ്ഥിരം ജഗത് അർജുന അഥവാ അല്ലെങ്കിൽ എനുന ജ്ഞാത ഇത് ബഹുത ജാന വിസ്തരിച്ച് ഞാൻ ഏതേന ബഹുന ജ്ഞാനേന ജ്ഞാതേന ഇത് എന്താ പറയുക വിസ്താരമായി അറിഞ്ഞതുകൊണ്ട് തവ കിം നിനക്ക് എന്ത് പ്രയോജനം ഇതിനൊപ്പം നീ വിസ്തരിച്ച് അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്താ ഇപ്പം നിനക്കൊരു പ്രയോജനം ഇത് നമുക്ക് തോന്നിയിട്ടുള്ളതായിരിക്കാം ചിലപ്പോൾ ഇതിപ്പോ എന്തിനാ സ്വാമി ഞങ്ങൾ ഇത്ര വിസ്തരിച്ചറിഞ്ഞു അതെ അർജുനൻ തന്നെ എന്താ ഭഗവാൻ തന്നെ പറയണോ കിം പ്രയോജനം പത്താം അധ്യായം വിഭൂതിയോഗം വിഭൂതിയോഗത്തിന് മുൻപ് തന്നെ ഏഴാം അധ്യായം മുതൽ ഭഗവാൻ ഈ രഹസ്യത്തെ പറഞ്ഞ് തുടങ്ങി എന്ന് പറയാ എവിടെയാണ് എന്ന് ചോദിച്ചാല് ഭൂമിരാപോ നലോ വായു ഖം അനോ ബുദ്ധി രേവച അഹങ്കാരമിതമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടത എന്ന് തുടങ്ങുന്ന ശ്ലോകത്തില് അതായത് ഏഴാം അധ്യായത്തില് ോ ആറിലോ ആണ് ഏഴാം അധ്യായം അവിടുന്ന് മുതൽ ഭഗവാൻ വിഭൂതിയെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് പത്താം അദ്ധ്യായത്തില് അതിൻ്റെ വിസ്താരം അവതരിപ്പിച്ചു എന്ന് പറയാം അപ്പൊ എന്തിനായിക്കൊണ്ടാണ് വിഭൂതി അവതരിപ്പിച്ചത് എന്നതിനെ നമ്മൾ കണ്ടു ഇതിലൂടെ നാം അറിയേണ്ട ഒന്ന് ഈ പ്രാതിഭാസിക ലോകത്തിൽ അതായത് ഈ നമ്മുടെ മുൻപിൽ പ്രകാശിക്കുന്ന അതായത് ഉണ്ട് എന്ന് കരുതുന്ന ഈ ലോകത്തിൻ്റെ കേന്ദ്രമായി അതിൻ്റെ ഹൃദയത്തിൽ എല്ലാ ഭാവത്തോടും കൂടി വിരാജിക്കുന്നു ഭഗവാൻ എന്ന് പറയാം അതിനെയാണ് അർജുനന് ഭഗവാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തത് അപ്പം ഈ ലോകത്തിൽ നമുക്ക് എന്തൊക്കെ കാണാനുണ്ടോ അതിൻ്റെയൊക്കെ കേന്ദ്രമായി അതിൻ്റെയൊക്കെ ഹൃദയമായി ഭഗവാൻ വിരാജിക്കുന്നു എന്ന് പറയാം എല്ലാറ്റിൻ്റെയും ഉള്ളിൽ അതോ പരിണമിക്കുന്ന ഈ ലോകത്തിൽ പരിണാമത്തിന് വിധേയമല്ലാതെ അപരിണാമിയായിക്കൊണ്ട് ഭഗവാൻ നിലനിൽക്കുന്നു ഇതാണ് ഭഗവാൻ എന്താ അർജുനന് പത്താം അധ്യായം വരെ പറഞ്ഞു കൊടുത്തത് ഇനി എന്താ വേണ്ടത് ഇതിൻ്റെ അവസാന ഭാവി വിഭൂതിയെ ഭഗവാൻ ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ് അഥവാ ബഹുന ബഹുന ഏതേന കിം ജ്ഞാതേന തവ അർജുന വിഷ്ടഭ്യഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത് അതായത് ഇതെന്റെ അല്പമാത്രമായിട്ടുള്ളതാണ് പറയൂ അർജുന ഇത് വിസ്തരമായി അറിഞ്ഞതുകൊണ്ട് നിനക്കെന്താണ് പ്രയോജനം ഇതിൽ ഞാൻ ഓരോന്നും ഓരോന്ന് പറഞ്ഞു തന്നല്ലോ ഇതെന്താണ് ഇത് മുഴുവൻ തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ ഏകാംശം കൊണ്ട് ഒരു ഭാഗം കൊണ്ട് വ്യാപിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ നമുക്ക് തോന്നുന്നത് ഭഗവാൻ ഇവിടെ അർജുനനെ പഠിപ്പി പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പകർന്ന് നൽകാൻ ഉദ്ദേശിക്കുന്നത് സമ്പൂർണമായ ഭാവത്തെയാണ് സമ്പൂർണതയാണ് എന്ന് പറയാം ഭാഗികമായിട്ടല്ല എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ കൃഷ്ണൻ സമ്പൂർണനാണ് ഭഗവാൻ എന്ന് പറയുന്നത് കൃഷ്ണൻ എന്ന് നമ്മളിവിടെ ഗീത പഠിക്കുമ്പം നമ്മൾ തൽക്കാലം സ്വീകരിക്കുന്ന ഒരു നാമം ഭഗവാൻ എന്നത് പൂർണ്ണമാണ് അത് അപൂർണ്ണതയല്ല എന്ന് പറയും അപ്പം സമ്പൂർണ്ണമാണത് അപ്പം സമ്പൂർണതയാണ് ഇനി ഭഗവാൻ അർജുനന് പ്രദാനം ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പേരാണ് വിശ്വരൂപം എന്ന് പറയുക അപ്പം ഇതുവരെ അർജുനന് എന്തൊക്കെ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുനന് സിദ്ധാന്തപരമായി കുറേ അറിവ് നേടിയിട്ടുണ്ട് ഈ സിദ്ധാന്തപരമായി നേടിയിട്ടുള്ള അറിവിനെ തനിക്ക് സാക്ഷാത്കരിക്കേണ്ടതുണ്ട് എന്ന് പറയും ആ സാക്ഷാത്കാരത്തിനായിക്കൊണ്ട് അർജുനൻ ഭഗവാന്റെ മുൻപിൽ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു ഇതാണ് പതിനൊന്നാം അധ്യായത്തിന്റെ ആരംഭം നോക്കാം